നാലാമത്തെ മന്ത്രമാണ് മൂന്നാം മന്ത്രത്തിൽ വിശ്വനെ കുറിച്ചാണ് ചർച്ച ചെയ്തത് നാലാം മന്ത്രത്തിൽ സൂക്ഷ്മ തൈജസിനെ കുറിച്ച് ചർച്ച ചെയ്തു പറഞ്ഞു തൈജസ്സൻ സ്വപ്നാഭിമാനിയാണ് തൈജസൻ എന്ന് പറയുമ്പോ ഈ ശരീരത്തിലിരിക്കുന്ന ഭാവത്തെയും സമസ്ത സൂക്ഷ്മ താതാത്മ്യത്തിലിരിക്കുന്ന ഭാവത്തെ ഇവിടെ ബോധിപ്പിക്കുകയാണ് ഒന്ന് ജീവഭാവത്തിലിരിക്കുന്നത് മറ്റൊന്ന് കിരണ്ഗർഭാവത്തിലിരിക്കുന്നു അവിടെ അതിന്റെ പ്രത്യേകത പറഞ്ഞു തൈജസ്സിന്റെ പ്രത്യേകത തൈജസ് സ്വപ്നാഭിമാനിയാണെന്ന് പറഞ്ഞു സ്വപ്നം എന്താണെന്നും പറഞ്ഞു ജാഗ്രത ആ മനസ്സിൽ ജാഗ്ര അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന സംസ്കാരം ആ സംസ്കാരത്തോടുകൂടി ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഉണർവ് അതാണ് സ്വപ്നം ജാഗ്രത എന്ന് പറഞ്ഞാൽ ഉണർവ് സ്വപ്ന ഉണർവ് ആ ഉണർവിന് കാരണമായിരിക്കുന്ന അവിദ്യാ കാമ കർമ്മങ്ങളാണ് ജാഗ്രതത്തിലെ ഉണർവല്ല അതുകൊണ്ട് പറഞ്ഞു ജാഗ്ര വത്ത് ജാഗ്രതത്തിനെപ്പോലെ ഇരിക്കും രണ്ടിടത്തും ഉണർവെന്ന് പറയുന്നത് സമാനമാണ് പക്ഷെ ഒന്ന് സൂക്ഷ്മമായിരിക്കും ജാഗ്രതത്തിലെ സർവ അനുഭവങ്ങളിൽ നിന്നുമുള്ള സംസ്കാര ലേശത്തെ സ്വീകരിച്ചുകൊണ്ട് മറ്റൊരുണർവ് ജീവന് സംഭവിക്കുന്നു അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അസ്യ ലോക സ്രവാഗതോ മാത്രം അപാദായ തഥാ പരേ ദേവേ മനസ്സി ആ ദേവൻ പ്രകാശസ്വരൂപനായിരുന്നു ഇവിടെ ദേവൻ എന്ന് പറയുന്നു മനസ്സിനെ തരുന്നു സ്വപ്ന മനസ്സ് ജാഗ്രത് മനസ്സല്ല പ്രകാശസ്വരൂപനായിരിക്കുന്ന ആ മനസ്സിൽ ദേവന് അവിടെ ആ മനസ്സ് തന്നെ സർവത്തെയും പ്രകാശിപ്പിക്കുന്നു മനസ്സ് തന്നെ ഇവിടെ മനസ്സ് തന്നെ വിഷയമായിരിക്കുന്നു അതാണ് അത് പരവുമായിരിക്കുന്നു അത് സർവത്തിനും ഉപാധിയായിരിക്കുന്നു അതുകൊണ്ട് അതന്നെ എന്ന് പറയുന്നു സർവത്തിനും അത് കാരണമായിരിക്കുന്നു അവിടുത്തെ വിഷയത്തിനും അവിടുത്തെ വിഷയാനുഭവത്തിനും അത് കാരണമായിരിക്കുന്നു പ്രകാശസ്വരൂവുമായിരിക്കും മനസ്സ് അതൊരു ജ്യോതിസായി ഇരുന്നു കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു ആ മനസ്സിനോട് ഏകീഭവതി ദേവിയെ മനസ്സ് ഏകീഭവിക്കുന്നു ആര് സ്വപ്നദൃഷ്ടാവ് സ്വപ്നത്തെ കാണുന്നു സ്വപ്നദൃഷ്ടാവ് അവിടെ മനസ്സിനോട് പൂർണ്ണമായും ഏകീഭവിക്കും വേർതിരിക്കാൻ കഴിയാതിരിക്കും അവിടെ മനഃപ്രധാനിയായിത്തീരും എന്ന് പറയുന്നു വാസ്തവത്തിൽ അവിടെ സ്വപ്ന ദൃഷ്ടാവ് ആയിരിക്കുന്നത് ആത്മാവ് തന്നെ എങ്ങനെയുള്ള ആത്മാവ് സ്വയം പ്രകാശിക്കുന്ന ആത്മാവ് ജാഗ്രതത്തിൽ സ്വയം പ്രകാശിക്കുന്നവനായ ആത്മാവ് തന്നെ സ്വപ്നത്തിൽ പ്രകാശസ്വരൂപനായിരിക്കും അങ്ങനെ ആയിരുന്നിട്ടും മനസ്സിന്റെ പരിണാമങ്ങളോട് മനസ്സിന്റെ വിഭൂതികളോട് താതാന്യപ്പെടുന്നു അതിനടുത്ത് പറയുന്ന ത്രേശദേവ സ്വപ്നെ മഹിമാനം അനുഭവത്തിനത്തിൽ ഈ ദേവൻ ജാഗ്രത്തിൽ ഉണർന്ന് സർവത്തെയും ഗ്രഹിച്ചു ഈ ദേവൻ ഈ ആത്മാവ് ജാഗ്രദ്രഷ്ടാവ് തന്നെ അവിടെ മഹിമാനം തന്റെ തന്നെ മഹിമയെ തന്റെ തന്നെ വിഭൂതിയെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ വിഭൂതികൾ ഇതും പറഞ്ഞിട്ടുണ്ട് അതാണ് നടത്തു വിശദീകരിക്കുന്നത് ഇന്ദ്രിയപേക്ഷരൂ സ്വപ്ന അന്ധപ്രജ്ഞനെന്നെന്ത് പറഞ്ഞു ജാഗ്രത്തിൽ കുറിച്ച് ബഹിഷ്പ്രജ്ഞനെന്ന് പറഞ്ഞു ഇവിടെ അന്തപ്രജ്ഞനെന്ന് പറഞ്ഞു അതിനോട് വിശദീകരിക്കുകയാണ് ജാഗ്രത്തിൽ ിയങ്ങൾ ആ ഇന്ദ്രിയങ്ങളുടെ ഇരിപ്പടം ആ ശരീരം ഇതിനെല്ലാം അപേക്ഷിച്ച് ജീവൻ ശരീരബാഹ്യങ്ങളായ വിഷയങ്ങളെ അനുഭവിക്കുന്നു അതുകൊണ്ട് പറഞ്ഞു സ്ഥൂല ബുക്ക് ഇവിടെ പ്രവിവിഗ്ധ ബുക്ക് സൂക്ഷ്മ ബുക്ക് എന്ന് പറയും രണ്ടെന്നുള്ള വ്യത്യാസം ഈ വ്യത്യാസങ്ങൾ നമ്മുടെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ് ണെങ്കിലും ഇവിടെ ആ വ്യത്യാസങ്ങളെ എടുത്തു കാണിക്കുന്ന എന്തിനാ ഈ രണ്ട് സ്ഥലത്തും പ്രജ്ഞ ഒന്ന് തന്നെ അത് ബോധിപ്പിക്കാനാണ് ഈ വ്യത്യാസങ്ങളെ എടുത്തു കാണിക്കുന്നത് അല്ലാതെ ഇത് രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളൊന്നും ബോധിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് ശ്രുതിക്ക് ലാഭമൊന്നുമില്ല ആ വ്യത്യാസത്തെ ബോധിപ്പിക്കുന്നതും ആ ഏകത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സ്ഥലത്തും ദ്രഷ്ടാവായിരിക്കുന്ന ഒരു മത അവിടെ ഒരു ചോദ്യം വരും രണ്ട് സ്ഥലത്ത് ഒരേ ദൃഷ്ടാവാണെങ്കിൽ അനുഭവം ഒരേ തരത്തിലായിരിക്കണമല്ലോ ഒരു ജീവൻ അവന്റെ അനുഭവങ്ങൾ അവൻ ഏത് സ്ഥലത്ത് പോയാലും അവന്റെ അനുഭവം എല്ലായിടത്തും ഞാൻ അനുഭവിക്കുന്നു അനുഭവ വടിവിന് മാറ്റമില്ല ദൃഷ്ടാവ് രണ്ട് സ്ഥലത്തും ഒന്നാണെങ്കിൽ രണ്ട് സ്ഥലത്തും അനുഭവം ഒന്നുപോലെയായിരിക്കും ജാഗ്രതത്തിലെ സ്ഥൂലമായ അനുഭവം തന്നെ സ്വപ്നത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല ഇവിടെ രണ്ടിനും ഒരേ പ്രാധാന്യമാണ് അല്ലെങ്കിൽ മറിച്ച് സ്വപ്നത്തിലെ സൂക്ഷ്മാനുഭവങ്ങൾ എന്തുകൊണ്ട് ജാഗ്രതയിൽ സംഭവിക്കുന്നില്ല അതിന് സമാധാനമായിട്ടാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് ്രഷ്ടാവ് ഒന്നാണെങ്കിലും അനുഭവം രണ്ടു തരത്തിലിരിക്കുന്നു മറിച്ച് അനുഭവം രണ്ടു തരത്തിലായാലും ദ്രഷ്ടാവ് ഒന്ന് ആകാം അത് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയിട്ടാണ് ആ അനുഭവ വ്യത്യാസത്തെ അംഗീകരിച്ചുകൊണ്ട് ദ്രഷ്ടാവിന്റെ ഏകത്വത്തെ പറയുന്നു ജാഗ്രതത്തിലെ ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് അന്തസ്ഥമായിരിക്കുന്നു മനസ്സ് ജാഗ്രതത്തിലും മനസ്സന്തസ്തം തന്നെ ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ചത് സൂക്ഷ്മം തന്നെ പക്ഷെ ജാഗ്രതന്ത് ചെയ്യുന്നു അത് സ്ഥൂലങ്ങളായ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്നു അതുകൊണ്ട് ജാഗ്രത അനുഭവത്തിനും വ്യത്യാസം ജാഗ്രത വാസനാരൂപത്തിലല്ല മനസ്സ് സ്ഥൂല രൂപത്തിൽ പ്രവർത്തിക്കുന്നു മനസ്സ് പ്രത്യക്ഷ രൂപത്തിൽ ജാഗ്രതയിൽ പ്രവർത്തിക്കുന്നു സ്വപ്നത്തിലാണെങ്കിലോ ആ മനസ്സ് ജാഗ്രത വാസനയോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുന്നു ബാഹ്യമായ കർണങ്ങളെ ശരീരത്തെ ഒന്നും ആശ്രയിക്കുന്നുണ്ട് അതാണ് ഇവിടെ പറയുന്നത് മനസ്സുക തദ്വാസനാരൂപ ജാഗ്രത അനുഭവവാസനയോടുകൂടിയതാണ് അങ്ങനെയുള്ള പ്രജ്ഞയാണ് സ്വപ്നത്തിലുള്ളത് അതുകൊണ്ട് തന്നെ അന്തപ്രജ്ഞൻ എന്ന് പറയുന്നത് വേറൊരുതരത്തിൽ ഇതിനെ കുറിച്ച് എന്തിക്കാം എന്താണോ സ്വപ്നാനുഭവം സ്വപ്ന അനുഭവത്തിലും അനുഭവവേളയിൽ ബാഹ്യം കൊണ്ട് അവിടെ ആന കുത്താൻ വരുന്നു അതും സ്ഥൂലമായ ആന തന്നെയാണ് വരുന്നത് കണ്ണുകൊണ്ടാണോ അവിടെ കാണുന്നത് അവിടെ നമ്മൾ അറിയുന്നില്ല ഇത് ജാഗ്രത്തിലെ പ്രജ്ഞയിൽ നിന്നുണ്ടായ വാസനയാണ് ഇവിടെ കാണുന്ന ദൃശ്യങ്ങൾ വാസനാ മയങ്ങളാണ് ഇവിടെ സൂക്ഷ്മമാണ് അന്ധപ്രജ്ഞനാണ് ഇതെന്ന് അറിയുന്നത് അവിടത്തെ അനുഭവവേളയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണോ അവിടെയും ഉള്ളും പുറവും ഉണ്ട് ഉള്ളിലവിടെ മനസ്സ് പുറമെ വിഷയങ്ങൾ അവിടെയും സ്ഥൂലമായ ശരീരം ഭാഗ്യമായ സ്ഥൂലമായ ശരീരം ഉള്ള വസ്തുക്കൾ വ്യക്തികൾ ജീവികൾ അതിനെല്ലാം നേരിട്ട് കാണുന്നു അവിടെ വ്യത്യാസമൊന്നുമില്ല അങ്ങനെയാണെങ്കിലും അത് സ്വപ്നാനുഭവത്തിന്റെ നിലയെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ അനുഭവം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുന്നു പക്ഷെ ജാഗ്രതയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു അതെല്ലാം അപ്രത്യക്ഷമാകും അതൊന്നും നിലനിൽക്കുന്നുണ്ട് ജാഗ്രത്തിന്റേതായ ിലയില്ല നിലന്നല്ല അപ്പൊ ജാഗ്രതയിലിരുന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കും നമ്മളതെല്ലാം സ്ഥൂലവും സൂക്ഷ്മവും അകവും പിറവുമായി എല്ലാം അനുഭവിച്ചെങ്കിലും അത് കേവലം അന്തസ്തം തന്നെയായിരുന്നു എന്ന് ജാഗ്രത അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു കാരണം നമുക്കിതിനെക്കുറിച്ച് ചിന്തിക്കാൻ ജാഗ്രതയിലേ ഇപ്പം കഴിയുന്നുള്ളൂ ജാഗ്രതയിലിരുന്നു കൊണ്ട് അതിനെ സൂക്ഷ്മമായി മനസ്സിലാക്കുന്നു സ്വപ്നത്തിൽ മറിച്ച് അനുഭവം ഉണ്ടായാൽ അതുകൊണ്ടിവിടെ പറയുന്നു എന്താണത് അന്ധപ്രജ്ഞനാണ് കേവലം തർക്കം കൊണ്ടൊരാൾക്ക് യുക്തി കൊണ്ടൊരാൾക്ക് വേണമെങ്കിൽ സമർത്ഥിക്കുക എന്താണോ ആ സ്വപ്നവും ജാഗ്രതയിലേതുപോലെ തന്നെ അതും സ്ഥൂലമാണ് എന്നെല്ലാം കൊണ്ട് സമർത്ഥിച്ചാലും അനുഭവത്തിൽ വരുമ്പോൾ എന്താണോ സ്വപ്നം സ്വപ്നമായി നിൽക്കുന്നു ജാഗ്രത ജാഗ്രതയും നിൽക്കുന്നു ഒരിക്കലും സ്വപ്നത്തെ നമ്മൾ ജാഗ്രത അനുഭവിക്കുന്നില്ല ഉണർന്നിരിക്കുന്നു സ്വപ്നവേളയിൽ അതിനെ ജാഗ്രത അനുഭവിച്ചാൽ സ്വപ്നവേളയിൽ ആരും സ്വപ്നത്തെ സ്വപ്നമായി കാണാറില്ല അവിടെ ജാഗ്രതയിൽ തന്നെയാണ് അനുഭവിക്കുന്നത് തിരിച്ച് ജാഗ്രതയിലേക്ക് വരുമ്പോൾ നമുക്കൊരിക്കലും സ്വപ്നത്തെ ജാഗ്രത അനുഭവിക്കാൻ കഴിയുന്നില്ല അത് സ്വപ്നം തന്നെയാണ് മായാമയം തന്നെയാണ് ദക്ഷിണികം തന്നെയാണ് ഇതിന്റെ ചർച്ച ജാഗ്രത്തിൽ സംഭവിക്കുന്നതുകൊണ്ട് അവ വ്യത്യാസത്തെടുത്ത് കാണിക്കുന്നു അവിടെയും ദ്രഷ്ടാവ് ഒന്നാണെന്ന് ബോധിക്കുക വിഷയശൂന്യായം പ്രജ്ഞായാം കേവല പ്രകാശസ്വരൂപായാം വിഷയിത്വേന ഭവതി തയ്ഞ്ഞ സഹ അവിടെ എന്താണ് വിഷയശൂന്യമാണ് അവിടുത്തെ പ്രജ്ഞ വിഷയശൂന്യം എന്ന് പറഞ്ഞാലല്ല ജാഗ്രത വിഷയങ്ങൾ അവിടെ ഇല്ല നമുക്ക് ഉറപ്പായ കാര്യവും ഇവിടെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല അവിടെ ഉണ്ടായിരുന്നു ഈ ജാഗ്രത തുടർച്ചയായി പോയിക്കൊണ്ടേയിരിക്കുന്നു ഈ ജാഗ്രത ഉള്ള സ്ഥിരത അതവിടെ നമുക്ക് അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് നമ്മൾ പറയുന്ന എന്താണ് വിഷയശൂന്യമാണത് ഈ വിഷയങ്ങളൊന്നും അവിടെയില്ല അവിടെ എന്താണ് കേവലം പ്രകാശസ്വരൂപായ അവിടെ കേവലം ജ്ഞാനം മാത്രം ആ ജ്ഞാനത്തിലാണ് അവിടെ വിഷയങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടത് അത് നമ്മൾ തിരിച്ചറിയുന്നു ജാഗ്രതയിലെന്താണ് അത് കേവലം ജ്ഞാനമയമായ വിഷയങ്ങളാണ് മനോമയമായ വിഷയങ്ങളാണെന്ന് നമ്മൾ അവിടെ തിരിച്ചറിയുന്നു ഇതിനെ നമുക്ക് മനോമയമായ വിഷയങ്ങളൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല ജാഗ്രത മനസ്സിനെ കാണുന്നുണ്ട് മനസ്സിന്റെ സങ്കല്പങ്ങളെ കാണുന്നു ആ സങ്കല്പങ്ങളോട് ബന്ധപ്പെടുന്ന വിഷയങ്ങളെ കാണുന്നുണ്ട് ആ സങ്കല്പത്തു നിന്ന് വേറിട്ട് നിൽക്കുന്ന വിഷയങ്ങളെ കാണുന്നുണ്ട് ഇവിടെ എന്താണ് കേവല മനോമയമല്ല കേവലം പ്രകാശരൂപമല്ല അവിടെ കേവലം പ്രകാശരൂപമാണ് അവിടെയും എന്തു ചെയ്യുന്നു വിഷയിച്ചു എല്ലാം ആ സർവ്വ വിഷയങ്ങളെയും ഗ്രഹിക്കുന്നവനായി സർവത്തെയും അനുഭവിക്കുന്നവനായി നിൽക്കുന്നു അതുകൊണ്ടാണ് തൈജസ്സൽ എന്ന് പറഞ്ഞത് തേജസ്സിനെ ഗ്രഹിക്കുന്നവനായി നിൽക്കുന്നവൻ സ്വന്തം മനസ്സിനെ തന്നെ ഗ്രഹിക്കുന്നവനായി നിൽക്കുന്നവൻ സ്വന്തം മനസ്സിനെ തന്നെ അറിവായും വിഷയവുമായും ഗ്രഹിക്കുന്നവനായി നിൽക്കുന്നവൻ അതാണ് സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് പറയാം എന്താണോ ആ സ്വപ്നത്തിൽ കണ്ടതെല്ലാം നമ്മുടെ സങ്കല്പങ്ങളായിരുന്നു നമ്മുടെ തോന്നലുകളായിരുന്നു എന്ന് സ്വപ്നത്തെ കുറിച്ച് നമുക്ക് പറയാം ഉറപ്പിച്ചും പറയാം ജാഗ്രതനെ കുറിച്ച് നമുക്കിങ്ങനെ പറയാൻ പറ്റത്തില്ല ജാഗ്രത നമ്മുടെ തോന്നലുകളെല്ലാം നമ്മുടെ അനുഭവ വിഷയങ്ങളായി മുമ്പിൽ വരുന്നു അവിടെ നമ്മുടെ അനുഭവം വേറെ തോന്നല് നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിലും നമുക്ക് തോന്നാം അതാ ഞാൻ പായസം കുടിക്കുന്നു പക്ഷെ വാസ്തവത്തിൽ അത് സംഭവിക്കത്തില്ല വാസ്തവത്തിൽ അതിന്റെ അനുഭവത്തിൽ നമുക്ക് പ്രത്യക്ഷമായി അനുഭവിക്കാൻ കഴിയില്ല സ്വപ്നത്തിൽ അങ്ങനെയല്ല മനോമയമായി എന്തൊക്കെയോ സംഭവിക്കും അവ്യക്തമായി എന്തൊക്കെയോ സംഭവിക്കും ഇവിടെ അങ്ങനെയല്ല വ്യക്തമായി തുടർച്ചയായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇവിടെ കാലദേശങ്ങൾക്ക് സ്ഥിരതയുണ്ട് സ്ഥായിത്വുണ്ട് അവിടെ ആ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ജാഗ്രത ചിന്തിക്കുമ്പോൾ നമ്മൾ താരതമ്യപ്പെടുത്തി ചിന്തിക്കും ഈ ജാഗ്രതനെയും ആ സ്വപ്നം അനുഭവിക്കും താരതമ്യപ്പെടുത്തി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താണോ അവിടെ ഒന്നിനും സ്ഥായിത്വമില്ല സ്ഥിരതയില്ല തുടർച്ചയില്ല വെറും മനോമയങ്ങളാണോ അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് സ്വപ്നം സങ്കല്പമാണ് എന്നു പറയാ അത് ക്ഷണികമാണ് എന്ന് പറയാം നശിച്ചുപോകുന്നത് എന്ന് പറയാം ജാഗ്രത കുറിച്ച് നമുക്കിങ്ങനെ പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അത് കൂടുതൽ വ്യക്തവും കൂടുതൽ സ്ഥിരവും കൂടുതൽ സ്ഥൂലവുമാണ് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നാൽ ആത്യന്തികമായി അടുത്തു പറയും ഇന്നിന്റെ രണ്ടിനും നിലനിൽപ്പില്ല ആ നിലയെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയാൻ എന്താണ് ഇതും പരമാർത്ഥമല്ല ഇതും സ്വപ്ന സമാനമാണോ എന്ന് പറയാം എന്ന് വിചാരിച്ച ഇതും സ്വപ്നമാണെന്നല്ല ഇവിടെ പറയും ജാഗ്രത നമുക്ക് സ്വപ്നമാണെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയത്തില്ല ജാഗ്രത ജാഗ്രതയി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനത് സ്വപ്നം എന്ന് പറയാൻ കഴിയത്തില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ജാഗ്രത സ്വപ്നം എന്ന് രണ്ടു നിരത്തിൽ ചിന്തിക്കാൻ കഴിയത്തില്ല ജാഗ്രതയും സ്വപ്നത്തെയും താരതമ്യപ്പെടുത്തിയ ഒരു ചിന്തയും അസാധ്യമായി തീരും ജാഗ്രതയും സ്വപ്നത്തെയും നമ്മൾ താരതമ്യപ്പെടുത്തി ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ എന്താണോ ഇത് രണ്ടും വേറെ വേറെയാണ് ഈ രണ്ടനുഭവങ്ങൾ രണ്ട് ഭേദമുള്ളിടത്തെ താരതമ്യം സാധ്യമാകും അഭേദമാകുന്നിടത്ത് നമുക്കെങ്ങനെ താരതമ്യപ്പെടുത്താൻ പറ്റും സാധ്യമല്ല ഒരു തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സർവ്വവും സ്വപ്ന തുല്യമായി അനുഭവപ്പെടുന്നു എന്ന് പറയാനുള്ളത് എന്തുകൊണ്ട് ഇതിന്റെ നിസ്സാരതയെ തുച്ഛതയെ ബോധ്യപ്പെട്ടതുകൊണ്ട് ഒരാജ്ഞനെ സംബന്ധിച്ച് അത് പറയുന്നത് കേവലം അഹന്ത മാത്രമാണ് ഒരാൾ പറയുന്നത് ഇത് എന്നെ സംബന്ധിച്ച് കേവല സ്വപ്നം മാത്രമാണെന്ന് പറയുന്നത് കേവലം അഹന്ത മാത്രമാണ് അയാളുടെ അനുഭവത്തിൽ സ്വപ്നമല്ല ഇത് വാസ്തവമാണ് ഇതിന്റെ സത്യത്വം വാസ്തവ അനുഭവിച്ചുകൊണ്ടൊരാളിതിന്റെ സ്വപ്നം എന്ന് വിളിച്ചാൽ അതെന്താണ് കേവല അഹന്ത മാത്രമാണ് അല്ലെങ്കിൽ കേവലം ആ വ്യക്തിയുടെ ഒരു സങ്കല്പം മാത്രമാണ് അത് പരമാർത്ഥം പാരമാർത്ഥിക നിലയിൽ ഇത് സ്വപ്നമാണെന്നോ സ്വപ്നം തുല്യമാണെന്നോ പറയുന്നത് അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ ബോധിപ്പിക്കുന്നത് കേട്ടിട്ട് അജ്ഞനും ഇതിന് സ്വപ്നമാണെന്ന് പറയുന്നത് തികച്ച അവിവേകമാണ് തികഞ്ഞ അജ്ഞതയാണ് അജ്ഞത കൊണ്ടേ ഒരാൾക്കത് പറയാൻ കഴിയും അതുകൊണ്ട് ശാസ്ത്രത്തിൽ ചില ഭാഗങ്ങൾ ഇത് സ്വപ്നമാണ് ഇത് വലിയ സ്വപ്നമാണ് എന്നെല്ലാം പറയുന്നത് കൊണ്ട് അതിനെ സത്യമെന്ന് കരുതി നമ്മൾ ഏറ്റുപറയാൻ പാടില്ല ഇത് സ്വപ്നമാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും മിഥ്യാഭാഷണമാണ് അതുകൊണ്ടിവിടെ ശ്രുതി രണ്ടെന്നുമുള്ള വ്യത്യാസത്തെ നമ്മളെ ബോധ്യപ്പെടുത്തും അനുഭവവേളയിൽ രണ്ടും രണ്ടു തന്നെയാണ് ഇത് സ്വപ്നമൊന്നുമല്ല ജാഗ്രത ജാഗ്രത തരുന്നതാണ് ഇവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് അതിന്റേതായ സത്യത്വം അതിന്റേതായ സ്ഥൂരതയുണ്ട് അതിന്റേതായ എല്ലാ സവിശേഷതകളും ഉണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞു എന്നാൽ രണ്ടിലും ഉള്ള സമാനത അതിനാണ് ശ്രുതി പ്രാധാന്യം കൊടുക്കുന്നത് ഒരിടത്ത് ശ്രുതി പ്രപഞ്ച വിശദീകരണങ്ങൾക്കോ അതിന്റെ ഭേദങ്ങൾക്കോ പ്രാധാന്യം കൊടുക്കുന്നത് രണ്ടിടത്തും പ്രാധാന്യം എന്താണോ ഇവിടെ നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണോ ഈ ജാഗ്ര ദ്രഷ്ടാവ് തന്നെയാണ് സ്വപ്നദ്രഷ്ടാവായി വരുന്നത് ഈ ജാഗ്രത് പ്രജ്ഞ തന്നെയാണ് സ്വപ്നപ്രജ്ഞയ്ക്കും ആധാരമായിരിക്കുന്നത് ഇക്കാര്യം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് വിശ്വസ്യ സവിഷയത്വേന പ്രജ്ഞായാഹ സ്ഥൂലായാഹ ഭോജ്യത്വം വിശ്വൻ സവിഷയത്തോടു കൂടിയിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ വിശുവിനെ സംബന്ധിച്ച് അവിടെ വിഷയമുണ്ട് ഇപ്പോ നമുക്ക് വിഷയങ്ങളുണ്ട് നമ്മുടെ സങ്കല്പങ്ങളിൽ നിന്നും സ്വതന്ത്രമായ വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാകും നമ്മുടെ മുമ്പിൽ കാണുന്ന വിഷയങ്ങളൊന്നും തന്നെ നമ്മുടെ സങ്കല്പത്തിന്റെ സൃഷ്ടികളല്ല നമ്മുടെ സങ്കല്പത്തെ ആശ്രയിക്കാതെ നിലനിൽക്കുന്ന വിഷയങ്ങൾ ഇവിടെയുണ്ട് അതാണ് വിശ്വസിയ സവിശയത്വേനാ അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേദാന്തം പഠിച്ച് പലരുടെയും മനസ്സിൽ കയറിയിട്ട് എങ്ങനെ നമ്മുടെ സങ്കല്പമാണ് നമ്മളീ കാണുന്നത് അത് പരമാവധമാണ് നമ്മുടെ സങ്കല്പം കണ്ടിരുന്നുവെങ്കിൽ ജീവനെ കുറിച്ച് പറയുന്നത് എന്താണ് മോഹസങ്കല്പൻ മോഹനുറ്റ വ്യർത്ഥം വ്യർത്ഥമായ സങ്കല്പത്തോടു കൂടി ഇവനാണ് ഈ ജീവൻ ഈ വിശ്വം നിരന്തര സങ്കല്പങ്ങളുണ്ട് ഈ സങ്കല്പങ്ങൾ ഒട്ടുമുക്കാലും സഫലീകരിക്കാത്തതാണ് എന്തും നമുക്ക് സങ്കല്പിക്കാം അതിന് യാതൊരു നിയന്ത്രണമില്ല അപ്പോ ആ സങ്കല്പങ്ങളാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അതിനു വലിയൊരു വിഡിത്തമില്ല ഇതാണ് അദ്വൈതമെന്ന് പറയുന്നത് കൊണ്ടാണ് ആൾക്കാർ പരിഹസിക്കുന്നത് എനിക്കിപ്പോ എന്റെ മുമ്പിൽ ഒരനയെ സങ്കല്പിക്കുക എന്തിനാ എന്റെ തലയിൽ ഒരു ആനയെ സങ്കല്പിക്കുക അത് സത്യമായി കഴിഞ്ഞാൽ എന്റെ സ്ഥിതി എന്തായിരിക്കും എന്നാലോചിച്ച് നോക്കുക എന്റെ സങ്കല്പമാണോ ഇവിടത്തെ ആന ഞാൻ കാണുന്ന ആന ഒരിക്കലും അല്ല അതുകൊണ്ടിട്ട് പറയും ഇന്നും എന്താണോ വിശ്വസ്യ സവിഷയത്വനോ വിശുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വിഷയമുണ്ട് മുമ്പിലുണ്ട് ൈജസിനാണെങ്കിലോ വിഷയമില്ല കേവലം പ്രജ്ഞ മാത്രമേ ഉള്ളൂ അത് മാത്രമേ ഉള്ളൂ വാസനാമയമായിരിക്കുന്നവന്റെ മനസ്സ് മാത്രമേ ഇവിടെയുള്ളൂ ഇവിടെ അങ്ങനെയല്ല ഇവിടെ സംശയത്വേന പ്രജ്ഞായാഹ സ്ഥൂലായാഹ ഭോജ്യത്വ അവിടെ എന്താണ് സ്ഥൂലമായ ഭോജ്യമായ പ്രജ്ഞ അവന്റെ മുമ്പിലുണ്ട് ആത്യന്തികമായി നമ്മുടെ മുമ്പ് കാണുന്നതെല്ലാം എന്താണ് നേരത്തെ പറഞ്ഞു എന്താണ് അത് അവിദ്യാപരിണാമമാണ് മനസ്സ്പന്തമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പങ്ങളല്ല അമനസ്പന്തം എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം വൃദ്ധമായി കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൽപ്പനകളല്ല അത് ഈ സൃഷ്ടിയുടെ കാരണത്തെയാണ് അവിടെ പറയുന്നത് മനസ്സ് അവിദ്യ മായ ഇങ്ങനെയെല്ലാം നമുക്ക് നിർവചിച്ച് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്ന സൃഷ്ടിയുടെ ഉപാദാനത്തെ പറയുന്നുണ്ട് അതിന്റെ സ്പന്തമാണ് അതിന്റെ പരിണാമമാണ് അല്ലെങ്കിൽ അതിന്റെ പരിണാമത്തെ ഈ ചൈതന്യത്തിൽ ആരോപിച്ചിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അത് അത് ശരിയാണ് അത് നമ്മുടെ കേവല സങ്കല്പങ്ങളല്ല അത് സ്ഥൂല രൂപത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു അത് ബോധ്യമായിരിക്കുന്ന വിശുവിന് വിശ്വനതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മുടെ സങ്കല്പത്തെ ആശ്രയിക്കാതെ തന്നെ അതിന് വ്യവസ്ഥിതിയുണ്ട് ആ വ്യവസ്ഥിതി ഉണ്ടാക്കിയിരിക്കുന്നവരാണ് അതാണ് വൈശവാനൻ ഇന്നിപ്പോ പറഞ്ഞു എന്താണ് ഈ സർവ വിശ്വന്മാരെയും നയിക്കുന്ന ഒരുവനുണ്ട് അതാണ് വൈശവാനരൻ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ കാര്യങ്ങൾക്ക് നമ്മുടെ സങ്കല്പങ്ങളാണ് വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഭ്രാന്തി പിടിച്ചത് കാരണം സങ്കല്പത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയത്തില്ല സങ്കല്പം എന്ന് പറയുന്ന മനോപൃത്തി ഏത് രൂപത്തിലും വരാം അതിനാർക്കും നിയന്ത്രിക്കാൻ പറ്റത്തില്ല മുമ്പിൽ ഒരു മനുഷ്യനായി മനുഷ്യനായി കാണുമ്പോൾ ഒരുവനതിനെ മൃഗമായി സങ്കല്പിക്കാം എന്ന് മൃഗമാകുന്നില്ല നമ്മുടെ വ്യവഹാരത്തിലൊരു വ്യവസ്ഥയുണ്ട് ഒരു നിശ്ചിത ഭാവം നമ്മൾ കാണുന്നുണ്ട് പഞ്ചഭൂതങ്ങൾക്ക് അതിന്റേതായ സ്വഭാവങ്ങളോടുകൂടി അത് നിലനിൽക്കുന്നുണ്ട് അഗ്നി ഉഷ്ണമായും ജലം ശീതമായും പൃഥി കഠിനമായും വായു ചലനാത്മകമായും ആകാശം അവകാശ സ്വരൂപത്തിൽ ഇങ്ങനെ വസ്തുഗുണങ്ങളോടുകൂടി നിൽക്കുന്നു ഇതൊന്നും നമ്മുടെ സങ്കല്പത്തെ ആശ്രയിച്ചില്ല സങ്കല്പത്തെ ആശ്രയിച്ചുരുന്നെങ്കിൽ പൃഥിവി ജലം പോലെ ആകട്ടെ എന്ന് ഞാൻ സങ്കല്പിച്ചാൽ അങ്ങനെ ആകണമായിരുന്നു അഗ്നിശീലമാകട്ടെ എന്ന് സങ്കല്പിച്ചാലാകണമായിരുന്നു ഇതൊന്നും സംഭവിക്കുന്നില്ലെങ്കിലും നമ്മളിതിനെയൊക്കെ നമ്മുടെ സങ്കല്പമെന്ന് വിളിക്കുന്നതിന് യാതൊരു അർത്ഥവും അപ്പൊ അത് വൈശ്വാനുടെ എന്ന് പറയാം ഈശ്വരന്റെ സങ്കല്പമാണെന്ന് പറയാം അതുകൊണ്ടാണല്ലോ ഈശ്വരന്റെ സത്യസങ്കല്പനെന്ന് പറയും ഈശ്വരൻ എന്തുകൊണ്ടാണ് സത്യസങ്കല്പനെന്ന് പറയുന്നത് കാരണം ഈശ്വരന്റെ സങ്കല്പ സൃഷ്ടമായിരിക്കുന്ന ഒന്നിനെയും ജീവന്റെ സങ്കല്പം കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈശ്വരന് സത്യസങ്കല്പനെന്ന് പറയുന്നത് ജീവന്റെ സങ്കല്പം അനുസരിച്ച് അത് അതുകൊണ്ട് സ്ഥൂലമായ ഈ വിഷയങ്ങളാണ് വിശ്വിന് ബോധ്യമായിരിക്കുന്നത് ഇഹപുന കേവല വാസനാ മാത്ര പ്രജ്ഞോധ്യേരി പ്രവിവിക്തോഭോഗ ഇവിടെ മൂന്നായിട്ട് പറയുന്നു ഒന്ന് സ്ഥൂലഭു രണ്ടാമത് പ്രവിവിക്ത മൂന്നാമത് ആനന്ദഭുക് പ്രാജ്ഞനെ കുറിച്ച് പറയുമ്പോൾ ആനന്ദഭുക്ക് എന്ന് പറയും തൈജസ്സിനെ കുറിച്ച് പറയുമ്പോ അവിടെ പ്രവിവിക്ത സൂക്ഷ്മു വിശുവിനെ കുറിച്ച് പറയുമ്പോ അവിടെ സ്ഥൂലഭുക്ക് എന്ന് പറയുന്നു ഈ വ്യത്യാസം എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് പറയും നിഹകുല സ്വപ്ന കേവല വാസന മാത്ര പ്രജ്ഞ കേവലം വാസന മാത്രമായിരിക്കുന്ന പ്രജ്ഞ സ്വപ്നത്തിലത് അവിടെ കേവലം മനസ്സ് മാത്രം തന്നെ ആ തൈജസന്റെ മനസ്സ് മാത്രം തന്നെയാണ് അവിടെ വിഷയമായിരിക്കുന്നത് അത് സൂക്ഷ്മമായിരിക്കുന്നു പ്രവിവിധോ ഭോഗം അവിടെ ഭോഗം അനുഭവം സൂക്ഷ്മമാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് സമാനമന്യത്വം മുമ്പ് പറഞ്ഞു എന്താണ് സമഷ്ടി വ്യഷ്ടി അതെല്ലാം തുല്യമാണ് സപ്താംഗം ഏകോ നവിംശം എന്നെല്ലാം പറഞ്ഞത് സ്ഥൂലത്തിലും സൂക്ഷ്മത്തിനും മനസ്സിലാക്കും സ്ഥൂലമായി സപ്താംഗങ്ങളുണ്ട് സൂക്ഷ്മമായി അവിടെയും സപ്താംഗങ്ങളുണ്ട് അല്ലെ സ്വപ്നത്തിൽ സ്വപ്നം കാണുന്നവൻ സ്വപ്നം കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് തന്നെയാണ് സർവമായി തീർന്നിരിക്കുന്നത് അവിടെ മറ്റൊന്നുമില്ല എങ്കിലും അവൻ അവിടെ കാണുന്നു എന്താണോ എന്റെ മനസ്സ് എന്റെ ഇന്ദ്രിയം എന്റെ കണ്ണ് എന്റെ ശരീരം എന്റെ വിഷയം ഇതെല്ലാം കാണുന്നു അവിടെയും നമുക്കിതിനെല്ലാ സപ്താംഗങ്ങളായും ശതിമുഖങ്ങളായും എല്ലാം തിരിക്കാം ആ അനുഭവവേളയിൽ അതിന്റെ സത്യ അസത്യങ്ങളെ കുറിച്ച് ജാഗ്രതയിലിരുന്ന് നമ്മൾ വിശയകലനം ചെയ്യുമ്പോഴാണ് നമുക്ക് പിടികിട്ടുന്നത് അത് കേവലം വാസനാമയമായിരുന്നു എന്ന് അതുകൊണ്ടിവിടെ പറയുന്നു സമാനമന്യത് ദ്വിതീയ പാദ തൈജസഹ ഇതാണ് ദ്വിതീയ പാദം അപ്പോൾ ഇവിടെ ഇതിനെ ഈ തരത്തിൽ ശ്രുതി വർണ്ണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ പരമാർത്ഥം മനസ്സിലാക്കുക അതായത് ജാഗ്രത ഇന്ദ്രിയം ശരീരം ബാഹ്യവുമായ വിഷയങ്ങൾ എല്ലാം സ്ഥൂലങ്ങളാണ് സ്വപ്ന സ്വപ്നത്തെ അപേക്ഷിച്ച് എല്ലാത്തിനും ഇവിടെ സ്ഥൂലങ്ങളെന്ന് പറയും സ്ഥൂലങ്ങളായിരിക്കുന്നവയെ ഉപയോഗിച്ച് നാനാവിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നു ഇവിടെ സ്ഥൂലഅനുഭവമാണ് ഈ സ്ഥൂലാനുഭവങ്ങളോടുകൂടിയിരിക്കുന്ന ഇതേ വിശുൻ തന്നെ കേവലം തേജസ്സിന മനസ്സിൽ ആ മനസ്സിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇതിനെല്ലാം വിട്ടിട്ട് അതും ഇവിടെ സംഭവിക്കുന്നു സ്ഥൂലമായ വിഷയങ്ങളെയും സ്ഥൂല വിഷയാനുഭവങ്ങളെയും സർവത്തെയും വിട്ടിട്ട് ഇതിനോട് യാതൊരു ബന്ധമില്ലാതെ പ്രത്യേകിച്ച് രണ്ട് തട്ട് പോലെ സ്വപ്നാനുഭവം ജാഗ്രത തമ്മിൽ പ്രത്യക്ഷമായിട്ട് യാതൊരു ബന്ധമില്ല ജാഗ്രതയിലെ വാസനകളാണ് സ്വപ്ന ഉണ്ടാക്കുന്നത് എങ്കിലും അതിനും പ്രത്യക്ഷമായി ബന്ധമൊന്നുമില്ല പൂർണമായും ഇതിനെണ്ണം അപേക്ഷിച്ചിട്ട് കേവലം വാസനാമയനായി മനോമയനായി അതേ വിഷയം വിഷയങ്ങളെ അനുഭവിച്ചു അത് ജാഗ്രതത്തിന് അപേക്ഷിച്ച് കൂടുതൽ സൂക്ഷ്മവും മനോമയവുമായ ഒരവസ്ഥയാണ് ഇതാണ് ജീവന്റെ രണ്ടാമത്തെ അവസ്ഥ സ്വപ്നാവസ്ഥയിൽ നിന്ന് ചിന്തിക്കുമ്പോ സ്വപ്നാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ അവസ്ഥയിൽ ജാഗ്രത് പരമാർത്ഥമല്ല ജാഗ്രത അവസ്ഥയിൽ ജാഗ്രത് സ്ഥൂലമാണോ പരമാർത്ഥമാണോ അനുഭവവേളയിലുള്ള ഇതിന്റെ സത്യസ്ഥിതിയെ ശാസ്ത്രവും നിഷേധിക്കുന്നില്ല എന്നാൽ സ്വപ്നത്തെക്കുറിച്ച് എന്തിനിങ്ങനെ വർണ്ണിക്കുന്നു സ്വപ്നാവസ്ഥയിൽ സ്വപ്നാനുഭവവേളയിൽ ഇതിന് നിലനിൽപ്പില്ല ജാഗ്രത യാതൊന്നും അവിടെ നിലനിൽപ്പില്ല നിൽക്കുന്നില്ല അതുകൊണ്ട് ആ സൂക്ഷ്മാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജാഗ്രത വാസ്തവത്തിൽ അവിടെ കേവലം സൂക്ഷ്മമായ സ്വപ്നാനുഭവം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ഇത് ബോധ്യപ്പെടുത്താൻ കൂടെ സ്വപ്നത്തെ ഇങ്ങനെ വർണ്ണിക്കുന്നത് ജാഗ്രത് സ്വപ്നത്തെ അപേക്ഷിച്ച് പരമാർത്ഥമല്ല സ്വന്തം നിലയിൽ അനുഭവവേളയിൽ അത് പരമാർത്ഥമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് പരമാർത്ഥമല്ല അക്കാര്യം വ്യക്തമാക്കുന്നു സ്വപ്നത്തെ വിശദീകരിച്ചുകൊണ്ട് സുഷുപ്തിയിലേക്ക് പോയാളോ എത്രന കാമ ഗാമയത്തെ നവ്നം പശ്യതി തത്സുഷുപ്തം സുഷുപ്തേകീഭൂത പ്രജ്ഞാനധനേവാ ആനന്ദമയോ ഹി ആനന്ദഭു ഛേദോമുഖപ്രാജ തൃതീയപാദ ദർശനാദർശനവൃത്തോ തബോധലക്ഷണത്തി സ്വാപസ് തുന്നിത്വ ദർശനവൃത്തിയും അദർശനവൃത്തിയും ദർശനം എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് സ്പഷ്ടമായ അനുഭവം അദർശനം എന്ന് പറയുമ്പോൾ അസ്പഷ്ടമായ അനുഭവം ജാഗ്രത കുറിച്ച് നമുക്കറിയാമല്ലോ അത് വളരെ സ്പഷ്ടമാണ് ജാഗ്രത നമ്മുടെ അനുഭവങ്ങൾ കുറിച്ച് സ്പഷ്ടതയാണ് എന്താണതിന് കാരണം ഇവിടത്തെ കരണങ്ങളുടെയും വിഷയങ്ങളുടെയും സ്ഥൂലതയാണ് ഈ സ്പഷ്ടതയെന്ന് നമുക്കുണ്ടാക്കിത്തരുന്നത് ഇതിനെ സ്പഷ്ടമെന്ന് എന്തിനപേക്ഷിച്ച് പറയുന്നു സ്വപ്നത്തെ അപേക്ഷിച്ച് സ്വപ്നാനുഭവങ്ങൾ അസ്പഷ്ടമാണ് ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു സ്വപ്നാനുഭവങ്ങളെ സ്വപ്നാനുഭവം അസ്പഷ്ടമാണ് ജാഗ്രസ്പഷ്ടമാണ് ജാഗ്രതനെക്കുറിച്ചും സ്വപ്നത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നത് ജാഗ്രതത്തിലാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത് ജാഗ്രതത്തിലാണ് ഇതെങ്ങനെ മനസ്സിലാക്കുന്നു ജാഗ്രതകൾ ജാഗ്രതത്തിന് പ്രത്യക്ഷമായി അനുഭവിച്ചുകൊണ്ടും മുൻ ജാഗ്രതകളെ സ്പഷ്ടമായി സ്മരിച്ചുകൊണ്ടും നമുക്ക് പറയാൻ കഴിയുന്ന എന്താണോ ദർശന വൃത്തിയാണ് പേരാണ് ദർശന സ്വപ്നത്തെ സംബന്ധിച്ചാണെങ്കിലോ നമുക്ക് അസ്പഷ്ടമെന്തുകൊണ്ട് നമ്മൾ പറയുന്നു അനുഭവമാണ് നമ്മൾ ചിന്തിക്കാത്ത കാര്യം സ്വപ്നത്തെ നമുക്ക് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്പഷ്ടമായി അനുഭവിച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ കഴിയുന്നത് ജാഗ്രത സ്പഷ്ടമായി അനുഭവിച്ചുകൊണ്ട് നമുക്ക് ജാഗ്രത നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പോൾ കഴിയുന്നത് മുൻ ജാഗ്രത മുൻ ജാഗ്രത എന്ന് പറയുന്ന ഏതാണോ ഈ ജാഗ്രത മുമ്പ് ഒരു സ്വപ്നം കടന്നുവന്നിരിക്കാം അല്ലെങ്കിൽ ഒരു സുഷുപ്തി കിടന്നു വന്നിരിക്കാം അതിന് മുമ്പ് ഉണ്ടായിരുന്ന ജാഗ്രതയാണ് മുൻ ജാഗ്രത എന്ന് പറയുന്നത് ജാഗ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചിലരുടെ മനസ്സിൽ വരുന്നത് പകലെന്നാണ് പകലും ജാഗ്രതയുമായിട്ട് ബന്ധമൊന്നുണ്ട് ജാഗ്രത എന്ന് പറഞ്ഞാൽ ഉണർവെന്നേ അർത്ഥമുള്ളൂ അത് പകൽ ഉണർന്നാലും ശരി രാത്രി ഉണർന്നാലും ശരി അപ്പ പ്രത്യേകം ശ്രദ്ധിക്കും നിദ്രയെന്ന് പറഞ്ഞാലും പലരുടെയും മനസ്സിൽ വരുന്ന രാത്രി എന്നാണ് രാത്രിയുമായിട്ട് ബന്ധമൊന്നുമില്ല നമ്മളിപ്പോ പകല് ഇത്രയും ശബ്ദകോലാഹാരത്തിനും ഉറങ്ങാൻ മെടുക്കന്മാരാണ് അപ്പൊ പിന്നെ നിദ്ര എന്ന് പറയുന്നതിന് രാത്രിമായിട്ടൊരു ബന്ധമുണ്ട് അപ്പൊ ജാഗ്രത് എന്ന് പറയുന്ന ഉണർവ് ഈ ഉണർവിന് മുമ്പുള്ള ഉണർവ് എന്ന് പറയുന്നു മുമ്പുള്ള സ്വപ്നത്തിന് മുമ്പോ അല്ലെങ്കിൽ സുഷുപ്തിക്ക് മുമ്പോ ഉള്ള ഉണർവ് ആ ഉണർവിനെ സ്മരിക്കുമ്പോൾ എങ്ങനെ സ്മരിക്കുന്നു നമ്മൾ വ്യക്തമായി സ്മരിക്കുന്നു അവിടെ ഒരു വ്യക്തതയുണ്ട് ജാഗ്രതനെ കുറിച്ച് സ്മരിക്കും ഇന്നലെ നടന്ന നമ്മുടെ ചർച്ചകളെ കുറിച്ച് സ്മരിക്കുമ്പോൾ നമുക്ക് വ്യക്തതയുണ്ട് അത് നമ്മുടെ മനസ്സിൽ ആശങ്കകളൊന്നും വരുന്നില്ല ഈ ചർച്ചയിൽ നമ്മൾ ഇതിന് വ്യക്തമായി അനുഭവിച്ചു തന്നെ നമ്മൾ ചർച്ച ചെയ്യും മറിച്ച് സ്വപ്നത്തെ സംബന്ധിച്ചാണെങ്കിലോ നമ്മൾ അനുഭവിക്കുന്ന സ്വപ്നമല്ല ഈ ജാഗ്രതത്തിന് മുമ്പ് ഒരു സ്വപ്നം ആ സ്വപ്നത്തെ കുറിച്ച് ഇപ്പോൾ സ്മരിച്ചാലോ അവ്യക്തത മാത്രമേയുള്ളൂ ഒരു വ്യക്തതയിൽ അവിടെ എന്താണ് കണ്ടതെന്ന് നമ്മൾ പരിശ്രമിച്ച് എത്ര പരിശ്രമിച്ച് അതിനെ അറിയാൻ ശ്രമിച്ചാലും ഭാഗികമായി നമുക്കറിയാൻ പറ്റും ഏകദേശം ചില കാര്യങ്ങൾ അവ്യക്തത അസ്ഥിരത ക്ഷണികത സൂക്ഷ്മത ഇതെല്ലാമാണ് നമുക്ക് അനുഭവപ്പെടുന്നത് സ്വപ്നത്തെ സംബന്ധിച്ച് അതാണ് സ്വപ്നം സൂക്ഷ്മമാണ് എന്ന് പറയുന്നത് അപ്പോൾ സ്വപ്നം സൂക്ഷ്മമാണ് അസ്ഥിരമാണ് ക്ഷണികമാണ് അവ്യുക്തമാണെന്നുള്ളതിന് എന്തിനെ ആശ്രയിച്ച് നമ്മൾ പറയുന്നു നമ്മുടെ സ്മൃതി ആശ്രയിച്ചു നമ്മുടെ സ്മരണയെ ആശ്രയിച്ചു നമ്മുടെ സ്മരണയെ ആശ്രയിച്ചിട്ടും അത് സ്വപ്നത്തെക്കുറിച്ച് എന്തുപറയും നമ്മൾ ഈ പറയുന്ന വിശേഷണങ്ങളെല്ലാം ചേർത്ത് പറയുന്നു അതുകൊണ്ട് സ്വപ്നത്തിവിടെ പറയുന്നു അദർശന വൃത്തി എന്ന് നമുക്ക് ദർശന എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ജാഗ്രത പോലെ തന്നെ സ്വപ്നാനുഭവങ്ങളെല്ലാം വ്യക്തമായി സ്മരിക്കണമായിരുന്നു എന്തുകൊണ്ടാണ് നമുക്കതിനെ വ്യക്തമായി സ്മരിക്കാൻ കഴിയാത്തത് വ്യക്തമായി അനുഭവിച്ച വ്യക്തമായി സ്മരിക്കാൻ കഴിയും അനുഭവം എങ്ങനെയാണോ അതുപോലെയാണ് സ്മൃതി ജാഗ്രത അനുഭവം സ്പഷ്ടമാണ് വ്യക്തമാണ് അതുകൊണ്ട് നമുക്ക് അതുപോലെ സ്മരിക്കാൻ കഴിയും ഇപ്പോഴും അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സ്വപ്നം അങ്ങനെയല്ല സ്വപ്നം അവ്യക്തമായി നമുക്ക് സ്മരിക്കാൻ കഴിയുന്നു അതുകൊണ്ട് ഇവിടെ എന്ത് പറയുന്നു അദർശന വൃത്തിയാണത് എന്ന് പറയുന്നു അദർശന രൂപത്തിലുള്ള ഒരു അനുഭവം കണ്ടെങ്കിലും കാണാത്തതുപോലെയുള്ള ഒരനുഭവം അനുഭവിച്ചെങ്കിലും അനുഭവിക്കാത്തതുപോലെയുള്ള അനുഭവം അങ്ങനെയാണെങ്കിൽ ഈ രണ്ടനുഭവങ്ങളെയും നമ്മുടെ ഈ അവസ്ഥയിരുന്ന് കൊണ്ട് ഒന്നെന്ന് പറയുന്ന എങ്ങനെ ഈ ജാഗ്രത് സ്വപ്നം പോലെയാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും പറയാൻ പറ്റത്തില്ല അങ്ങനെ പറയുന്നത് മൂഢതയാണ് രണ്ടും രണ്ടും തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെയും പറയുന്നത് എന്താണ് ഒന്ന് ദർശന വൃത്തിയാണ് അദർശന വൃത്തിയാണ് ദർശന വൃത്തി എന്ന് പറഞ്ഞാൽ ദർശനാനുഭവം പ്രത്യക്ഷമായ അനുഭവം അദർശന വൃത്തി എന്ന് വെച്ചാൽ അവ്യക്തമായ അനുഭവം ഒന്ന് സ്പഷ്ടമായ അനുഭവം മറ്റൊന്ന് അസ്പഷ്ടമായ അനുഭവം രണ്ടും രണ്ട് തന്നെയാണ് വേദാന്തം പഠിച്ചതെന്ന് വിചാരിച്ചത് രണ്ടും ഒന്നാകത്തൊന്ന് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തിരിച്ചു ശാസ്ത്രത്തിന്റെ കുഴപ്പമില്ല ആർഹെങ്കിലും ഇതെല്ലാം സ്വപ്നം പോലെ കാണുന്നുണ്ടെങ്കിൽ ഉടൻ ആശുപത്രി അഡ്മിറ്റ് ചെയ്യും അതിന് ചികിത്സ വേറെയാണ് അങ്ങനെ ചിലപ്പോ ചില അവസ്ഥയിൽ തോന്നുന്നു ഇതൊക്കെ സ്വപ്നം പോലെയാണ് കാര്യമായ തകരാറുണ്ട് മരുന്ന് കഴിച്ചാൽ മാറിയിന്നും വരാം മാറിയില്ലെന്നും വേദാന്തം ഉത്തരവാദിയല്ല ശാസ്ത്രവും ഉത്തരവാദിയല്ല ശങ്കരാചാര്യനും ഉത്തരവാദിയല്ല ഗുരുവും അവനവന്റെ തന്നെ കൽപ്പനകളാണ് അതുകൊണ്ടിവിടെ വ്യക്തമായും പറയുന്ന എന്താണ് ദർശന ആദർശനോ വൃത്തിയോഹോ ഒന്ന് സ്പഷ്ട അനുഭവമാണ് മറ്റൊന്ന് അസ്പഷ്ടനുഭവമാണ് ഇങ്ങനെയാണെങ്കിൽ ഇതിൽ ചില സമാനതകളുണ്ട് ഒരു സമാനതയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു രണ്ടെണ്ണത്തിനുള്ളൂ എന്താണ് രണ്ടിനും ഒരേ പ്രജ്ഞ തന്നെ പ്രവർത്തിക്കുന്നു ഒരേ വിഷയി തന്നെ അവിടെ നിൽക്കുന്നു ന്നെയാണ് ഈ സ്പഷ്ടതയും അസ്പഷ്ടതയും അനുഭവിക്കുന്നത് മറ്റൊരു സമാനത കൂടിയാണ് ഇതാണ് തത്വ അപ്രബോധലക്ഷണ സ്വാപസ് ഈ രണ്ടിലുമുണ്ടുറക്കം ജാഗ്രതത്തിനുമുള്ള ഉറക്കം സ്വപ്നത്തിനുമുണ്ടുറക്കം ആ ഉറപ്പെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉണർന്നിരുന്നു ഉറങ്ങുന്നതല്ല ഉണർന്നിരിക്കുമ്പം തന്നെയുള്ള ഒരു ഉറപ്പം അതും തെറ്റിദ്ധരിക്കരുത് തത്വ അപ്രബോധലക്ഷണം പരമാർത്ഥത്തെ ബോധിക്കാതിരിക്കുന്ന ഒരറക്കം അതെല്ലായിടത്തും ഉണ്ട് അതിനാണ് വാസ്തവ തമസ്സെന്ന് പറയുന്നത് നിദ്ര തമസ്സാണെന്ന് പറയുന്നു നിദ്ര ആവരണം ചെയ്യുന്നതാണെന്ന് പറയുമെന്ന് അതിതാണ് ഇവിടെ ജാഗ്രത സ്പഷ്ടമായി ഇതിനെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നാലും സ്പഷ്ടാനുഭവം എന്ന് വെച്ചാൽ സ്ഥൂലമായ ഈ അനുഭവങ്ങൾ നമുക്കുണ്ടായിരുന്നാലും സ്വപ്നത്തിൽ അസ്പഷ്ടമായ സൂക്ഷ്മമായ അനുഭവങ്ങൾ ഉണ്ടായിരുന്നാലും രണ്ടിടത്തും എന്താണ് പരമാർത്ഥത്തിൽ നമ്മൾ ഉറങ്ങുകയാണ് എന്നുവെച്ചാൽ തത്വത്തെ ഗ്രഹിക്കുന്നില്ല ഈ സ്പഷ്ടതയിലും തത്വത്തെ ഗ്രഹിക്കുന്നില്ല ഇവിടെ സ്പഷ്ടമായിരിക്കുന്ന എന്താണ് വിഷയങ്ങൾ സ്പഷ്ടമായിരിക്കുന്നു സ്വപ്നത്തിൽ അസ്പഷ്ടമായിരിക്കുന്ന എന്താണ് വിഷയങ്ങൾ അവിടെ അസ്പഷ്ടമായിരിക്കും അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണ് തത്വ അപ്രബോധ ലക്ഷണശി സ്വാപസ്യ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഒലുറപ്പം തുല്യമായിരിക്കുന്നു രണ്ടിടത്ത് നമ്മൾ പരമാർത്ഥത്തിൽ ഉറങ്ങുകയാണ് അതുകൊണ്ട് സുഷുത്തി ഗ്രഹമാണ് അർത്ഥം ഇതിങ്ങനെ എല്ലായിടത്തും സുഷുതി ഉണ്ടെങ്കിലും ഈ രണ്ടിൽ നിന്നും വേറിട്ടൊരു സുഷുതിയുണ്ട് ആ സുഷുപ്തിയുടെ നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ശ്രീ പറഞ്ഞിരിക്കുന്നത് ഈ എത്ര കഞ്ചന കാമം കാമേ ആ ഒരു കാമത്തെയും കാമിക്കുന്നില്ല ഇവിടെ കാമങ്ങളെല്ലാം കാമിച്ചുകൊണ്ടിറങ്ങുന്നു സ്വപ്നത്തിനും ചർവത്തെയും കാമിച്ചുകൊണ്ടുറങ്ങുന്നു സുഷുതിയിലാണെങ്കിലോ ഒന്നും കാമിക്കാതെ അല്ലെങ്കിൽ ഒന്നിനെയും കാമിക്കാൻ കഴിയാതെ ഉറങ്ങും എന്നാൽ കഞ്ചന സ്വപ്നം പശ്യതി അവിടെ ദൃശ്യങ്ങളൊന്നും ഇല്ലാതെ ഒരു സ്വപ്നവും കാണുന്നു അങ്ങനെ ഉറങ്ങും നമ്മുടെ സാധാരണ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണോ നമ്മൾ ജാഗ്രതയിൽ നിന്നും നമുക്ക് ജാഗ്രതാണ് മുഖ്യം ജാഗ്രത്തിൽ നിന്ന് നമ്മൾ ഉറക്കത്തിലേക്ക് പോയി ഉറക്കത്തിലിരുന്നു കൊണ്ട് സ്വപ്നം കണ്ട് ഇതാണ് നമ്മുടെ സാധാരണ ധാരണ ഇവിടെ ശ്രുതി പറയുന്നത് അങ്ങനെയല്ല ശ്രുതി മുഖ്യമായി പറയുന്നത് സ്വപ്ന സുഷുതിയാണ് നമ്മുടെ മുഖ്യമായ ആധാരം അടുത്ത് പറയും പ്രാണബന്ധനം ഹി സൗമ്യമന സോഗ്യത്തെ പറയും മുഖ്യമായ നമ്മുടെ ആധാരം എന്ന് പറയുന്നത് ജാഗ്രത എന്തുകൊണ്ട് അനിഥാഗ്രഹണം അടുത്ത കരികയിലും പറയും ശക്തമായിരിക്കുന്നു ജാഗ്രതത്തിലും സ്വപ്നത്തിനും അതുകൊണ്ടിത് നമ്മുടെ മുഖ്യമായ ഒരു ആധാരമാകാൻ വഴിയില്ല നമ്മുടെ പ്രഥമമായ സ്ഥാനം അത് സുഷുപ്തിയാണ് ആ സുഷുപ്തിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജാഗ്രത്തിലേക്കും സ്വപ്നത്തിലേക്കും പോകും തിരിച്ചു വീണ്ടും അവിടേക്ക് അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് അല്ല ജാഗ്രത്തിൽ നിന്നുകൊണ്ട് അതിന് പ്രധാനമായി ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഉറക്കത്തി പോവുകയും അവിടെ നിന്ന് സ്വപ്നം കാണുകയും ചെയ്യുന്നതാണ് ഇവിടെ ആനന്ദഗിരി ഒരു ഭാഗത്ത് പറയും അക്രമ ഭ്യാമം ആ പോകുന്നത് സുഷുത്തിയൊരു പ്രധാനമായ ചകുനി ദൃഷ്ടാന്തം പറയും ഒരു പക്ഷിയെ ഒരു കുറ്റിയിൽ ബന്ധിച്ചിരിക്കുന്നു എന്ന് കരുതുക ആ പക്ഷി പറന്നുകഴിഞ്ഞാൽ പറന്ന് തളർന്ന് വീണ്ടും ആ കുറ്റിയുടെ ചുവട്ടിൽ തന്നെ ഒന്ന് വീഴും ഒരു പ്രാവിന്റെ കാലില് ഒരു കയറ് നീളത്തിൽ കെട്ടി വിട്ടു കഴിഞ്ഞാൽ അത് കുറച്ച് പറക്കും വീണ്ടും അവിടെ വീഴും വീണ്ടും പറക്കും വീണ്ടും അവിടെ വീഴും ആ കുറ്റിയുടെ ചുവട്ടിൽ ഒന്ന് വീഴും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഈ ജീവനെ ബന്ധിച്ചിരിക്കുന്ന എന്തുകൊണ്ട് ആ സുഷുപ്തിയിലാണ് ബന്ധിച്ചിരിക്കുന്നത് അവിടെ നിന്നത് പറക്കുകയാണ് തളരുമ്പോൾ അത് മഹാമത്സ്യ ദൃഷ്ടാന്തം പറയുന്നുണ്ട് ഇതെല്ലാം ഇതാണ് ബോധിപ്പിക്കുന്നത് ആ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കും ഇവിടെയെല്ലാം സംഭവിക്കുന്നത് എന്താണോ അത് ഒരു മത്സ്യം ആ നദിയുടെ രണ്ടു കരയിലേക്ക് സഞ്ചരിക്കുന്നു അതിന്റെ മുഖ്യമായ അവലംബം എന്താണ് നദിയാണ് കരയല്ല അതുപോലെ ഈ ജീവന്റെ മുഖ്യമായ അവലംബമായിരിക്കുന്ന എന്താണ് സുഷുപ്തിയാണ് ആ സുഷുപ്തിയിൽ നിന്നുകൊണ്ട് അവൻ ചെയ്യുന്നു ജാഗ്രതത്തിലേക്കും പോകുന്നു സ്വപ്നത്തിലേക്കും പോകുന്നു സുഷ്ടി നിന്ന് നോക്കുമ്പോൾ ഈ പോക്ക് വരവുകൾ എന്താണോ നദിയിൽ മത്സ്യം രണ്ടു കരയിലേക്കും നീന്തും പോലെയാണ് രണ്ടു കരയും സമാനമാണ് അല്ലാതെ ഉറക്കത്തിൽ പോയിട്ട് സ്വപ്നത്തിൽ പോവുകയാണ് ഉറക്കത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്കും വരുന്നു അവിടെ നിന്നുകൊണ്ട് തന്നെ സ്വപ്നത്തിലേക്കും പോകുന്നു അപ്പൊ ജാഗ്രത ആധാരമാക്കിയല്ല ഇവിടെ ശ്രുതി ചിന്തിക്കുന്നത് സുഷുത്തി ആധാരം അവിടെ ഒരു തരത്തിൽ ഏകീഭവനം സംഭവിക്കുന്നു കരമകാരണവുമായി അവിടെ ഏകീഭവിച്ചിരിക്കുന്നു അന്യഥാഗ്രഹണങ്ങളൊന്നുമില്ലാതെ ആഗ്രഹണം മാത്രമായി അവിടെ കഴിയും അതുകൊണ്ട് അവിടെ സുഷുത്തിയിൽ കൊണ്ടെന്താണോ ഒരു ആഗ്രഹണോ അതിനെ ആശ്രയിച്ചിട്ട് ഇവിടെ പറയുന്നവൻ ആനന്ദഭുക്കായിരിക്കുന്നു ഈ ആയാസങ്ങളിൽ നിന്നെല്ലാം മോചിതനായി അവിടെയിരിക്കുന്നു വീണ്ടും പറഞ്ഞല്ലോ അമനസ്പന്ദനം അവിദ്യ അല്ലെങ്കിൽ മായ അവിദ്യ കാമകർമ്മം എന്നെല്ലാം പറയുന്ന അനുപചനീയമായി പ്രേരണകളുണ്ട് അവൻ പറക്കും ഈ കുറ്റിയുടെ ചുവട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന പക്ഷിയെപ്പോലെ അത് എളുപ്പം പറക്കുന്നതൊന്നും ഒരു കര ജാഗ്രതക്കാണെങ്കിൽ മറുകര സ്വപ്നമാണ് ഇങ്ങനെ പറക്കുന്നു വീണ്ടും അത് ക്ഷീണിക്കുമ്പോൾ വീണ്ടും അവിടെ ഒന്ന് വീഴുന്നു വീണ്ടും പറക്കുന്നു വീണ്ടും വീഴുന്നു ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അപ്പൊ മുഖ്യ ആധാരമായിരിക്കുന്ന എന്താണ് ആ സുഷുതിയാണ് അല്ലാതെ മറിച്ച് ജാഗ്രതയിൽ നിന്ന് ഉറക്കത്തിൽ പോയി ഉറക്കത്തിൽ നിന്ന് പിന്നെ പോയി അങ്ങനെ സൃഷ്ടിയിൽ നിന്ന് എവിടേക്കും പോകാം എവിടേക്കും തിരിച്ചും തരാം നമ്മളിപ്പോ സ്വപ്നത്തിലേക്ക് പോകുന്നത് സുഷുതിയിൽ നിന്നാണ് ജാഗ്രതയിൽ നിന്നല്ല തിരിച്ച് ജാഗ്രതത്തിലേക്ക് വന്നത് സുഷുപ്തിയിൽ നിന്നാണ് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് സുഷുതിക്ക് പ്രാധാന്യമുണ്ട് പ്രധാനമായിരിക്കുന്ന സുഷുപ്തിയാണ് എന്നാലും തത്വ അപ്രബോധം എന്ന് പറയുന്ന ആ സുഷുപ്തി ആ സ്വാപം അത് എല്ലാ സ്ഥലത്തുമുണ്ട് ജാഗ്രതുകൊണ്ട് സ്വപ്നത്തിനുണ്ട് സുഷ്ടിഗ്രഹണാർത്ഥം ഇത്യാദി വിശേഷണം അതുകൊണ്ട് സുഷിതിയെ പ്രത്യേകിച്ച് ധരിപ്പിക്കുകയാണ് അതിന്റെ മുഖ്യമായി അതിന്റെ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കി ധരിപ്പിക്കുകയാണ് എത്ര സുപ്തോ അത് തന്നെ ഒന്നുകൂടി വിശദമാക്കുകയാണ് അഥവാ തൃശൂർ സ്ഥാനേഷു തത്വപ്രതിബോധലക്ഷണ സ്വഭാവശിഷ്ടി പൂർവാഭ്യാസ് സുഷുപ്തം വിഭജതേ ഒരു കാര്യം നമ്മൾ വ്യക്തമായി ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നുവെന്നും പറയാം ജാഗ്ര സ്വപ്നം സുഷുപ്തി ഈ മൂന്ന് സ്ഥലങ്ങളിലും തത്വ അപ്രതിബോധം ഒരാൾ ഒരു ജീവൻ സദാസുഷുപ്തിയിലേക്ക് കടന്നുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ സദാസുഷു നിന്നും ജാഗ്രതയിലേക്ക് സ്വപ്നത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ പറയുന്നതാണ് കൂടുതൽ ശരി പക്ഷെ നമ്മൾ പറഞ്ഞും അനുഭവിച്ചും ചിരിച്ചത് നമുക്ക് പറയാൻ നമ്മളെപ്പോഴും പറയുന്നത് എന്താണ് നമ്മൾ സദാ ഉറങ്ങുന്നു സ്വപ്നം കാണുന്നു അങ്ങനെയല്ല നമ്മൾ ഉറക്കത്തിൽ നിന്നും സദാ ഉണരുന്നു സ്വപ്നം കാണുന്നു എന്ന് പറയാം അതാണ് വാസ്തവത്തിൽ സംഭവം അങ്ങനെ ഇത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് മൂന്ന് സ്ഥലത്തും സമാനമായി കാണിക്കാമെന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുഖ്യമായി എന്താണോ ഈ മൂന്ന് സ്ഥലത്തും ഒരേ ഖേതനും തന്നെ സ്ഥിതി ചെയ്യുന്നു മറ്റൊന്നെന്താണോ തത്വ അപ്രതിബോധം ജാഗ്രത നമുക്കുണ്ടാകുന്ന ഈ ബോധം അത് സൃഷ്ടിയിൽ ഉണ്ടാകുന്നുണ്ടല്ലോ സൃഷ്ടിയിലുണ്ടാകുന്നില്ല പിന്നെ ഒരജ്ഞനെ സംബന്ധിച്ച് ജാഗ്രത സ്വപ്നത്തിലും എല്ലാം അജ്ഞനായിരിക്കും അജ്ഞനെന്ന് എന്തുകൊണ്ട് ജാഗ്രതത്തിലും സ്വപ്നത്തിലും അനേകം ദൃശ്യങ്ങളും അനേക അനുഭവങ്ങളും ഉണ്ടെങ്കിലും അവിടെ ആത്മാനുഭവമില്ല അതുകൊണ്ടാണ് അവൻ അജ്ഞനെന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ചുള്ള അനുഭവമില്ല മറ്റെല്ലാ അനുഭവങ്ങളും ഉണ്ട് മറ്റെല്ലാ അനുഭവങ്ങളും ഉണ്ടായിരിക്കെ തന്നെ ആത്മാവിനെക്കുറിച്ചുള്ള അനുഭവം ഇല്ലാത്തതുകൊണ്ടൊരുവനെ അജ്ഞനെന്ന് പറയുന്നു അജ്ഞനെന്ന് പറയുന്നതിനും അത്രയുള്ളവർ അറിവില്ലാത്തവനെന്നുള്ള സാധാരണ അർത്ഥമല്ല ഇവിടെ നമുക്ക് ധാരാളം അറിവുണ്ട് വേണ്ടതിലധികം അറിവുണ്ട് എന്നാലും അജ്ഞനായിരിക്കുന്നത് ഈ അജ്ഞത സുഷുപ്തിയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് കാരണം ആ സുഷുതിയിൽ നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നത് ജാഗ്രതത്തിലേക്കായത് ശരി സ്വപ്നത്തിലേക്കായാലും തിരിച്ചവിടേക്ക് തന്നെ പോകുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ കൊണ്ടുവന്നത് ഈ തത്വ തിരിച്ചു പോകുമ്പോഴോ ഇതും തന്നെ തിരിച്ചു പോകുന്നത് അതുകൊണ്ടും മുമ്പ് വിശദീകരിച്ച് രണ്ടവസ്ഥകളിൽ നിന്നും സുഷു ഇവിടെ കാണിക്കുന്നു അത് പ്രധാനമാണോ എത്ര യസ്മിൻസ് കഞ്ചന് സ്വപ്നം പശി സുഷ്ടിയെ കുറിച്ച് നമുക്കെങ്ങനെ പറയാം ജാഗ്രതയുമായി താരതമ്യപ്പെടുത്തേ പറയാൻ പറ്റില്ല ഭിമാനം എന്ന് പറയാൻ കഴിയുന്നുണ്ട് കാരണം അവിടെ അനുഭവവേദ്യമായിരിക്കുന്ന പ്രത്യക്ഷമായിരിക്കുന്ന നമുക്ക് സ്മരിക്കാൻ കഴിയുന്ന ഒരു അനുഭവങ്ങളുമില്ല സുഷുപ്തിന് സ്വപ്നത്തെ നമ്മൾ സ്മരിക്കുന്നുണ്ട് അസ്പഷ്ടമായിട്ടാണെങ്കിൽ അതിനെ സൂക്ഷ്മമായി നമുക്ക് സ്മരിക്കാൻ കഴിയുന്നുണ്ട് അസ്ഥിരമായി സ്മരിക്കാൻ കഴിയുന്നുണ്ട് പല രീതിയിലതിനെ സ്മരിക്കാൻ കഴിയുന്നുണ്ട് സുഷുപ്തിയെ ഓർക്കത്തക്കൊരനുഭവം അവിടെ അങ്ങേയറ്റം നമുക്കതിനെക്കുറിച്ച് സ്മരിക്കാൻ കഴിഞ്ഞാൽ എന്ത് സ്മരിക്കും ഒന്നും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നിടത്ത് അറിവിന്റെ സ്മരണയില്ല മറിച്ച് അറിവില്ലായ്മയുടെ സ്മരണമാണ് തത്വ അഗ്രഹണത്തിന്റെ സ്മരണയാണുള്ളത് അതുകൊണ്ട് അവിടെ ഒരു അഭിമാനത്തെ പറയാൻ പാടില്ല അതുകൊണ്ട് ഇവിടെ പറയുന്നു ഏതൊരു സ്ഥാനത്തിലാണോ എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ഥാനത്ത് നിന്നാണോ അല്ലെങ്കിൽ ഏതൊരു ഉറവിടത്തിൽ നിന്നാണോ ഈ ജാഗ്രത സ്വപ്നവും ഉണ്ടായത് അങ്ങനെ നമുക്കതിനെ കുറിച്ച് ചിന്തിക്കാം അല്ലെങ്കിൽ ഏതൊരു കാലത്തിലാണോ ഏതൊരു കാലമെന്ന് പറയുമ്പോൾ നമ്മൾ സൃഷ്ടിയെ കുറിച്ച് എങ്ങനെ ധരിക്കുന്നു പൂർവ്വ മുൻപ് അല്പം മുമ്പ് ഞാൻ ഉറങ്ങി എന്ന് പറയുന്നു അപ്പോൾ പൂർവ്വകാലത്തിൽ നമ്മൾ സൃഷ്ടിയെ സ്മരിക്കുന്നു അതുകൊണ്ട് കാലമൊന്നും പറയാം സുഷുയിൽ കാലമുണ്ടോയെന്ന് ചോദിച്ചാൽ സുഷ്ടിയിൽ കാലാനുഭവം നോക്കില്ല എന്നാലും ജാഗ്രത പൂർവകാലം അതിന് ശാസ്ത്രത്തിന്റെ ഒരു സാങ്കേതികമായ ഭാഷയിൽ പറയും അവിടെ കാലം ഉപലക്ഷണമായിരിക്കുന്നു എന്ന് പറയും ഉപലക്ഷണമായിരിക്കുന്നു പറഞ്ഞാൽ അവിടെ കാലത്തിന്റെ അനുഭവമില്ല അവിടെ കാലം നിലനിൽക്കുന്നില്ല എങ്കിലും കാലവുമായി നമ്മൾ ഏതോ തരത്തിലെ ബന്ധപ്പെടുത്തി നമ്മൾ അതിനെ സ്മരിക്കുന്നു അത് ഏതോ തരത്തിൽ എങ്ങനെ നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയുന്നു കാരണം അതിന് മുമ്പുള്ള ജാഗ്രത അതിന് മുമ്പുള്ള സ്വപ്നങ്ങൾ ഇവിടെയെല്ലാം നമുക്ക് കാലബോധമുണ്ടായിരുന്നു ജാഗ്രത സ്വപ്നത്തിനും കാലബോധം ആ കാലബോധങ്ങൾക്ക് ഇടയിൽ നമുക്ക് കാലബോധം നഷ്ടപ്പെട്ടതാണ് സുഷത്വം ദേശബോധം നഷ്ടപ്പെട്ടതാണ് സുഷൃത്വം എന്നാലും അതിന് പൂർവ്വ ഉണ്ടായിരുന്ന കാല ദേശബോധങ്ങളെ ആ നഷ്ടപ്പെട്ട ആ സ്ഥാനത്തിനോട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്നു മുമ്പ് ഞാൻ ഉറങ്ങി കാലം ഇല്ലാത്ത കാലത്തെക്കുറിച്ച് നമ്മൾ സ്മരിക്കുന്നു അവിടെ കാലമെന്ന് പറയുന്നത് ഉപലക്ഷണമായി നിൽക്കുന്നുവെന്ന് പറയുന്നു ദേശം എന്ന് പറയുന്നത് ഉപലക്ഷണമായി നിൽക്കുന്നുവെന്ന് പറയുന്നു നേരിട്ട് ബന്ധപ്പെടാതിരിക്കുകയും എന്നാൽ അതിനോട് ബന്ധപ്പെട്ടതായി ഏതെങ്കിലും തരത്തിൽ നമ്മൾ അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും അതിനാണ് ഉപലക്ഷണമെന്ന് പറയുന്നത് അങ്ങനെ സുപ്തനായിരിക്കുന്നവൻ കാലദേശബോധങ്ങളൊന്നും കൂടാതെ തത്വാഗ്രഹണത്തെ എന്നാൽ അന്യഥാഗ്രഹണത്തിൽ അന്യഥാഗ്രഹണത്തെ ഒഴിവാക്കി സ്വപ്നത്തിലും സംഭവിക്കുന്നവരുടെ അന്യഥാഗ്രഹണം അതെല്ലാം ഒഴിവാക്കി തത്വ ആഗ്രഹണ രൂപത്തിലിരിക്കുന്ന ആ ഒരവസ്ഥയിൽ കഞ്ചന സ്വപ്നം പശ്യ അവിടെ സ്വപ്നം ഒന്നും കാണുന്നില്ലല്ലോ കാണുന്നില്ല സ്വപ്നം കാണാത്ത അവസ്ഥയിൽ നിന്നാണ് സ്വപ്നത്തിലേക്ക് കടന്നത് ഇന്ന കഞ്ചന കാമം കാമിയതേ അവിടെ ജാഗ്രതത്തിലേക്ക് ഉണർന്നിട്ടൊന്നും കാമിക്കുന്നില്ല ഒന്നും ആഗ്രഹിക്കുന്നില്ല ഒരു സങ്കല്പങ്ങളുമില്ല നടക്കും ആശയെക്കുറിച്ചോ നിരാശയെക്കുറിച്ചോ ഒന്നും ഒരു സങ്കല്പങ്ങളുമില്ല കാമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കുന്നില്ല അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നാ ഈ സുഷുത്തെ പൂർവ്വ വരുവ അന്യഥാഗ്രഹണലക്ഷണം സ്വപ്ന ദർശനം കാമോവ കർശന വിദ്യതെ ആ സുഷുയെക്കുറിച്ച് നമുക്ക് സ്മരിക്കാൻ കഴിയുന്നത് ഇത്ര മാത്രമാണ് എന്താണോ പൂർവയോരുവ യുവ രണ്ടസ്ത സുഹൃത്തുവിൽ നിന്നും നമ്മൾ കടന്നുപോയ അവസ്ഥകൾ ജാഗ്രത സ്വപ്നവും ആ അവസ്ഥകളെ പോലെ അവിടെ അനിഥാഗ്രഹണമില്ല മറ്റൊന്നിനെ കാണുക അങ്ങനെയൊന്നുമില്ല ആ ചേതനൻ തന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന മറ്റൊന്നിനെ കാണുക എന്നുള്ള ഒരു അവസ്ഥയില്ല ഒന്നിനെയും അവിടെ കാണുന്നില്ല ഒന്നിനെയും കണ്ടതായി നമുക്ക് സ്മരിക്കാൻ കഴിയുന്നില്ല ഒന്നും കണ്ടില്ലായ്മേ സ്മരിക്കാൻ കഴിയുന്നു അതാണ് നമുക്ക് സ്മരിക്കാൻ കഴിയുന്നത് അത് സ്മരണമാണോ അത് അനുമാനമാണോ ഇത്തരം കാര്യങ്ങളിലെല്ലാം തർക്കവിതർപ്പങ്ങളൊക്കെയുണ്ട് നമ്മൾ അവിടേക്ക് കിടക്കേണ്ട കാര്യമില്ല നമ്മുടെ പ്രത്യക്ഷമായ അനുഭവത്തെ മുൻനിർത്തി നമ്മൾ ചിന്തിച്ചാലും എന്താണോ അവിടെ ഒന്നിനും നമ്മൾ അറിഞ്ഞില്ല ഇത്രമാത്രമേ സ്വപ്നദർശനം സ്വപ്നം അവിടെയുള്ള കാമം ജാഗ്രത കസ്റ്റലെന്ന വിദ്യതയോ അവിടെ ഒന്നും തന്നെ ഇല്ല അതാണ് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് ആധാരം ഒന്നെന്തുകൊണ്ട് പറയുന്നു അവിടെ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് സ്വപ്നവും ജാഗ്രത ഉണ്ടായത് നിന്നാണ് അല്ല ഇതെല്ലാം ഇവിടെ നിന്നുണ്ടായി ഇതുണ്ടായി വരുന്നതിന് വേറെ ഏതാ സ്ഥാനമായിരുന്നു അതവിടെ നിന്നാണ് ഉണ്ടായത് സമഷ്ടിയെ കുറിച്ച് പറയുന്നില്ല ഒരു ആ പ്രളയത്തിൽ നിന്ന് പിന്നെ സൃഷ്ടി ഇവ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് എല്ലാം വീണ്ടും ഉണ്ടായി വരുന്നു അതുപോലെ ഉണ്ടാവുന്നു കഥയത് സുഷിപ്തം എന്താണ് സുഷിപ്ത സ്ഥാനം തതേത് സുഷിപ്തം സ്ഥാനം അശ്വതി സുഷിപ്ത സ്ഥാനം ഇവന്റെ മുഖ്യസ്ഥാനമാണ് ഈ ജീവന്റെ ഏറ്റവും പ്രധാനമായ സ്ഥാനമാണ് സർവാധാരമാണ് ഇതിൽ നിന്നാണ് സർവവും ഉണ്ടായത് അതുകൊണ്ടാണ് ഈ സ്ഥാനത്തിന് കാരണം എന്ന് പറയുന്നത് സ്ഥൂലം സൂക്ഷ്മം കാരണമെന്ന് പറയുന്നത് അതിൽ നിന്ന് സർവമുണ്ടായത്വവിഭക്തം മനഃ സ്പന്ദിതം ദ്വൈതജാതം രണ്ട് സ്ഥാനങ്ങൾ രണ്ട് സ്ഥാനങ്ങൾ എന്ന് രണ്ട് തരത്തിലുള്ള അഭിമാനങ്ങൾ സ്വപ്നാഭിമാനവും ജാഗ്രത അഭിമാനം ഇനി രണ്ടും സ്ഥാനമെന്ന് പറയുന്നത് കേവലം ജീവന്റെ അഭിമാനമാണ് എന്നുണ്ടെ പറഞ്ഞു രണ്ടു തരത്തിലുള്ള അഹംബോധം ഒന്നെന്താണോ വ്യക്തമായ അനുഭവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന അഹംബോധ ബോധം അത് ജാഗ്രത അസ്പഷ്ടമായ അവ്യക്തമായ അനുഭവത്തെ ഉൾക്കൊള്ളുന്ന മറ്റൊരു അഹംബോധം അത് സ്വപ്നം ഈ രണ്ടു തരത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ അനുഭവങ്ങൾ അവിടെ ഈ അനുഭവങ്ങൾ എന്താണ് മനസ്സ്പന്ദിതം മനസ്സ്പന്ദനമാണ് നമ്മുടെ വികാര വിചാരങ്ങൾ എന്നുള്ള സമ്പൂർണ്ണ ദ്വൈതപ്രപഞ്ചത്തെയാണ് പറയുന്ന മനസ്സ്പന്ദിതം ദ്വൈതജാതം ഒരാൾ ഈ മനസ്സ്പന്ദിതമെന്ന് പറഞ്ഞാൽ ആരുടെ മനസ്സ് സ്പന്ദിച്ചതാണ് സങ്കല്പവികല്പങ്ങളല്ലാതെന്ന് പറഞ്ഞു പിന്നെ ആരുടെ മനസ്സ് എന്റെ മനസ്സിൽ സ്പന്ദിച്ചാണോ അതോ അന്യന്റെ മനസ്സ് സ്പന്ദിച്ചതാണോ രാമന്റെ മനസ്സാണോ കൃഷ്ണന്റെ മനസ്സാണോ സ്പന്ദിച്ചതാണോ ഈ ദുരജാതം എന്ന് പറഞ്ഞു അതാണ് നേരത്തെ പറഞ്ഞത് അങ്ങനെ സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞാലും വീണ്ടും സംശയമുണ്ടാകും ഇവിടെ രാമനോ കൃഷ്ണനോ ഞാനോ നീയോ ഒന്നും വിഷയം തത്വചിന്തയിൽ ഒന്നു മാത്രമേ ഉള്ളൂ വിഷയമായിരിക്കുന്ന എന്താണോ ആ ജീവൻ അല്ലെങ്കിൽ അതിന് മൂന്നായി തിരിച്ച് ഒന്ന് ജീവഭാവം അത് ആധ്യാത്മിക ഭാവം മറ്റൊന്ന് ആദി ദൈവിക ഭാവം അതാ സമഷ്ടിഭാവം എന്ന് ആദ്യഭൗതിക ഭാവം നമ്മളീ കാണുന്നതെല്ലാം ആദ്യഭൗതിക ഭാവത്തിൽപ്പെടുന്നു നമ്മുടെ നമുക്ക് ദൃശ്യമായിരിക്കുന്നതെല്ലാം ആദ്യഭൗതിക ഭാവത്തിൽപ്പെടുന്നു അപ്പോൾ ഈ ദൃശ്യമായിരിക്കുന്ന ആദ്യഭൗതിക ഭാവത്തെയാണ് മുഖ്യമായിട്ടും പ്രപഞ്ചമെന്ന് പറയുന്നത് അത് സർവം ഉൾപ്പെടുന്നുണ്ട് എനിക്ക് വിഷയമായിട്ട് എന്താണിരിക്കുന്നത് ഒരു ജീവന് വിഷയമായിരിക്കുന്നത് ദൃശ്യമായിരിക്കുന്ന സ്ഥൂലമായ രൂപങ്ങൾ മാത്രമല്ല മറ്റെല്ലാ ജീവന്മാരും വിഷയമായിരിക്കും അപ്പോ ഇവിടെ മനസ്സ്പന്ദനം എന്ന് പറയുമ്പോൾ ആറ്റസ്പന്ദനമാണ് ആട്ടമനസ് പന്ധിച്ചത് അത് മുമ്പ് പറഞ്ഞു എന്താണോ ജീവന്മാരെയെല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വഭാവം വൈശ്വാനര ഭാവം ത്തിലുള്ള മനസിന്റെ സ്പന്ദനമാണ് ഈ പ്രപഞ്ചം അതിൽ ബാക്കിയുള്ള ഞാനും നീയുമെല്ലാം നിൽക്കുന്നു അതാണ് ഈ പ്രപഞ്ചൈവിക ഭാവത്തിൽ നിന്നും ഉണ്ടായ ആദ്യ ഭൗതിക ഭാവം അതാണ് പ്രപഞ്ചം അല്ലാതെ ഈ അജ്ഞനായിരിക്കുന്ന ജീവന്റെ സൃഷ്ടിയല്ലേ പ്രപഞ്ചം എന്ന് പറയും അത് ജീവസൃഷ്ടി എന്ന് പറയുന്നിടത്തെല്ലാം നമ്മൾ മനസ്സിലാക്കണം എന്താണോ അത് വൈശ്വാനൻ തന്നെയാണ് അവിടെ ജീവൻ എന്ന് പറയുന്നത് ശ്രുതി എന്നും പറയും എന്താണോ പ്രഥമജീവൻ എന്നെല്ലാം പറയും ആ രീതിയിൽ അത് മനസ്സിലാകും അവിടെ അങ്ങനെ പറയുമ്പോൾ അവിടെ സമഷ്ടി വെഷ്ടി എന്നുള്ള ഭേദം കൂടാതെ തന്നെ എല്ലാത്തിനെയും ആദ്യ ദൈവിക ഭാവത്തിലെടുത്തിട്ട് അതിന്റെ അവിടെ ഒരു മനഃസ്പന്ദനമുണ്ടാകും ആ സ്പന്ദനമാണ് ഈ പ്രപഞ്ചഭാവം നിൽക്കുന്നത് അതിനകത്തുനിന്നുകൊണ്ട് ആ സ്പന്ദനത്തിന്റെ ഒരു ഭാഗമായി നിൽക്കുകയാണ് ഓരോ ജീവന്മാരും ആ സൃഷ്ടിയുടെ ഭാഗമായി വരുമ്പോൾ എന്താണ് ഇതെല്ലാം കേവലം സീറോയാണ് ഓരോ ജീവനും ഓരോ പൂജ്യമാണ് പറഞ്ഞല്ലോ സമഷ്ടിയിൽ അതിന് പൂർണതയുണ്ട് വൃഷ്ടിയിലേക്ക് വരുമ്പോൾ അത് എന്താണ് പരിചിഹ്നം അല്പജ്ഞനം അശക്തനും എല്ലാമായിരിക്കുന്നുകൊണ്ടാണ് അവന് പൂജ്യം വിളിക്കുന്നത് അവനീ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനൊന്നും കഴിയത്തില്ല മറിച്ച് അവന് ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സുഖദുഃഖങ്ങളെയൊക്കെ അനുഭവിക്കാനേ കഴിയും പക്ഷെ വൈശ്വാനുടെ ഭാഗത്ത് നിൽക്കുമ്പോഴോ ആ മനഃസ്പന്ദനം പ്രപഞ്ചമായി തീരുന്നു അത് ശ്രുതി വേറൊരു തരത്തിൽ പറയുന്നതാണ് സദൈവ അനുപ്രാപിച്ചർ അവൻ ഇതിനെ സൃഷ്ടിച്ചിട്ട് ഇതിൽ തന്നെ അനുപ്രവേശം ചെയ്തു എന്നെല്ലാം പറയുന്നത് വേറെ രീതിയിലാണ് അത് മറ്റൊരു വിഷയമാണ് എന്നാൽ ഈ മനസ്സ്പന്ദനം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഒരുപാട് തെറ്റിദ്ധരിച്ചു ഞാൻ എന്റെ മനസ്സുകൊണ്ട് സൃഷ്ടിച്ചാണ് ഇതെന്നേ ഈ അജ്ഞൻ ധരിച്ചു അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ ജീവനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴെല്ലാം ആ രണ്ട് ഭാഗത്തെക്കുറിച്ചും പറയുന്നു വിശുവിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വൈശ്വാനിനെ കുറിച്ചും പറയുന്നു പയ്യസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഹിരണ്യകർദ്ധനെക്കുറിച്ചും പറയും രാജ്ഞനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവ്യാകൃതനെക്കുറിച്ചും പറയും ആ പറയുന്ന ആ ഒരു ഭാഗത്തെ വിട്ടിട്ട് നമ്മൾ ഈ കേവലമായ തുച്ഛമായ ജീവഭാവത്തെ മാത്രം എടുത്തതുകൊണ്ട് ഇത് ആണ് ഇതിനെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നതെന്ന് ധരിച്ചു കഴിഞ്ഞാൽ ഈ അദ്വൈതമെന്ന് പറയുന്നത് പരമാബദ്ധമായിത്തീരും സാറിനത് ശ്രദ്ധിക്കാറില്ല ശാസ്ത്രത്തിൽ ഇത് രണ്ടും പറയുന്നുണ്ട് പക്ഷെ ഇതിനെ രണ്ടിനെയും ഉൾക്കൊണ്ടുകൊണ്ട് അതാതിന്റെ പ്രാധാന്യത്തെയും അപ്രാധാന്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കാതെ അദ്വൈതത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ വരും അത് വ്യക്തമായി ചർച്ച ഒരു പൻഷത്താണ് ഇവിടെ പറയുന്നത് മണ്ഡുപ്പിൽ സ്ഥാനവിഭക്തം മനഃസ്പന്ദിതം ദ്വൈതജാതം അങ്ങനെ ഈ ദ്വൈതം സ്പന്ദിച്ചിരിക്കുകയാണ് ആ സ്പന്ദിച്ചിരിക്കുന്ന ഈ ദ്വൈതത്തിൽ ഈ പ്രപഞ്ചത്തിൽ ജീവനും എന്തോ ചില സംഭാവനകളൊക്കെ ഉണ്ട് ആ ജീവന്റെ സംഭാവനകൾ ഇതിനെന്തൊക്കെയാണ് അവന്റെ അഹന്ത അവന്റെ രാഗദ്വേഷങ്ങൾ അവന്റെ വ്യർത്ഥമായ അനന്തമായ സങ്കല്പങ്ങൾ ഇതൊക്കെയാണ് ഈ അത്പഞ്ഞനായിരിക്കുന്ന ജീവന്റെ സൃഷ്ടി ഇവിടെ അധികം ഞാൻ അവനൊന്നും സൃഷ്ടിക്കാനോ സംഹരിക്കാനോ ഒന്നും കഴിയത്തില്ല അവിടെ ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു ഈ ജീവന്മാരം ജീവന്മാരം എന്ന് പറഞ്ഞാൽ അനന്ത ജീവന്മാർ കാരണം വൈശ്വാനന്റെ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ് അനന്തതയാണ് അപരിച്ഛിന്നാണ് എന്തുകൊണ്ട് അവൻ അനന്ത ജീവന്മാരെ അനന്ത ജീവന്മാരെ ഉൾക്കൊള്ളുന്നവൻ അനന്തനായി തന്നെ ഇരിക്കുന്നു തഥാരൂപ അപരിത്യാഗ്ന അവിവേകാപന്നം നൈസത്തമോ ഗ്രസ്തം ഇവ സപ്രപഞ്ചം ഏകീഭൂതം സുശുദ്ധിയിലെന്താണ് സംഭവിക്കുന്നതെന്ന് പറയുന്നു ജീവനെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണത്തിലോട് പറയുന്നു നൈശ തമോഗ്രസ്തം ഇവ അഹ് പകല് എന്ന് വെച്ച ജാഗ്രത എന്നുള്ളതല്ല പകലെന്നാണ് പറയുന്നത് രണ്ടും തെരുദ്ധരിക്കൽ പകലും രാത്രി എന്ന് പറയുമ്പം ജാഗ്രത സുശുദ്ധി എന്നെടുക്കരുത് രണ്ടും രണ്ട് കാര്യങ്ങൾ സുശുദ്ധി പകലുകൊണ്ട് രാത്രിയിലും ഇവിടെ പറയുന്നത് രാത്രിയും പകലിനെയാണ് നൈശമോ ഗ്രസ്തം രാത്രിയിലെ ഇരുട്ട് ഈ പകൽ എന്നുവെച്ചാൽ ഈ പകലിലെ കാഴ്ചകൾ ഈ പകൽ കാഴ്ചകളെല്ലാം രാത്രിയിലെ ഇരുട്ടുകൊണ്ട് മൂടിപ്പോകും അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുമോ എന്താണോ ഇവിടെ ഒന്നുമില്ല നല്ല കുറ്റിരുട്ടത്ത് ഇവിടെ ഇന്ന് നോക്കിയ ചുറ്റുപാടും ഒന്നും കാണത്തില്ല ഒന്ന് മാത്രം കാണും ഇരുട്ട് മാത്രം അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുമോ ഇവിടെ ഒന്നുമില്ല എന്ന് അങ്ങനും പറയാൻ കഴിയത്തില്ല ഇവിടെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഈ കാണുന്ന രൂപത്തിലല്ല കാണാത്ത രൂപത്തിലുണ്ടായിരുന്നു കാണുന്ന രൂപത്തിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കണ്ടനെ പക്ഷെ കാണാത്ത ഒരു കാര്യമാണ് അന്ധത ഇരുട്ട് എന്ന് പറയുന്നു കാണുന്നില്ല പക്ഷെ അവിടെ ഇതുപോലെ ഇതെന്നാണ് പറയുന്നത് ഇതിന് സമാനമായ ഒന്നാണ് ശുഴുത്തിയിൽ സംഭവിക്കുന്നത് അത് പറയുന്നു തഥാരൂപ ഈ ദ്വൈതജാതം അതിന്റെ ആ രൂപത്തെ പരിത്യജിക്കാതെ തന്നെ വിവേകാപന്നം അവിവേകം കൊണ്ട് പൊതിഞ്ഞ് അല്ലേ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു നമ്മുടെ വാസ്തവ സ്ഥിതിയിലേക്ക് സുഷുപ്തിയിലേക്ക് പോകാൻ ക്ഷണം മതി പ്രതിക്ഷണം സുഷ്ട്തിയിലേക്ക് പലരും അറിയുന്നില്ല പലരും ധരിച്ചിരിക്കുന്ന ഞാൻ ഉണർന്നിരിക്കുന്നു എന്നാണ് കാസെറ്റ് കേൾക്കുമ്പോഴേ അറിയാൻ പറ്റുന്നുള്ളു മിക്കവാറും പേർക്കും എത്ര സമയം ഉറങ്ങിന്നുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ എന്ന് പലരും ചോദിക്കുള്ളൂ അതിന് പലരും ക്ലാസ് കഴിഞ്ഞിട്ട് ഉടൻ ചെന്നു പ്രാർത്ഥികളോട് പറയുന്നു ആ കാസെറ്റ് ഇങ്ങോട്ട് പെട്ടെന്നെടുക്ക ഏതൊക്കെയാ വിട്ടുപോയതെന്ന് എനിക്ക് ഉടൻ അറിയു ക്ഷണം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷണം സംഭവിക്കുമ്പോ വീണ്ടും ഉണർന്ന് വരുമ്പോൾ എന്താ കാണുന്നത് തുടർച്ചയായിട്ട് ഇനി ഇത് കാണുന്നു എന്താ നമ്മൾ അവിവേകത്തിൽ മുഴുകിയ നിമിഷം ഇതിൻ്റെ ഇത് ഇല്ലാതായിപ്പോയി നെസ്റ്റ് പോയോ എവിടെയെങ്കിലും ഇല്ല അങ്ങനെ നെസ്റ്റ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിട്ടിത്ത നമുക്ക് വീണ്ടും കാത്തിട്ടുള്ളത് കേൾക്കാൻ കഴിയുന്നത് ആ സമയം ഇതെല്ലാം പോയിരുന്നെങ്കിൽ കാസെറ്റിനത് കാണത്തില്ലോ നമ്മൾ ഉറങ്ങിയ നിമിഷം ഇത് കാസെറ്റ് പകർത്തി വച്ചിരിക്കയാണ് അതാണ് ഇവിടെ പറയുന്നത് തഥാരൂപ അപരിത്യാഗേന ആ നിമിഷം ഇതൊന്നും പറന്നുപോകുന്നില്ല നഷ്ടമാകുന്നുമില്ല മറിച്ച് അവിവേകാപന്നം നമ്മുടെ തന്നെ അവിവേകം കൊണ്ട് ഇതിനെയൊക്കെ പൊതിയുകയാണ് എങ്ങനെ ഇപ്പൊ ഇവിടെ കുറ്റാകുറ്റി ഇട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സർവ്വ വസ്തുക്കളെ ഇരുട്ട് പൊതിയും അതിന്റെ അടുത്ത ഈ വസ്തു ഇവിടെ ഇല്ലെന്നല്ല ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഇത്രേം സംഭവിക്കുന്നുള്ളു അതിനുദാഹരണം പറഞ്ഞു നൈശത്തമോ ഗ്രസ്തമ അഹഹ ഈ പകൽ കാഴ്ചകൾ ഇരുട്ടുകൊണ്ട് മൂടുന്നതുപോലെ അതുപോലെ ഒരവസ്ഥയുള്ള സുഹൃത്തി എന്ന് പറയും ഇതിന് ഇതാണ് അതിന്റെ പരമാർത്ഥം ഇതിന് വേറെ ഏതെല്ലാം തരത്തിലാണ് പറയുന്നത് ആൾക്കാർ ഇവിടെ വ്യക്തമായി പറയാണ് തഥാരൂപ അപരിത്യാഗിയന ഈ രൂപത്തെ പരിത്യയ്ക്കാതെ തന്നെ ഒരു മാറ്റവും ശ്രുതി പറയും പ്രധാന്യ ത്രസിംഹ സിംഹ വ്യാഘ വ്യാഘ്രവ അതായത് സിംഹം ഉറങ്ങിക്കഴിഞ്ഞാൽ സിംഹമായിട്ട് തന്നെ ഉണരുന്നു മശകം കൊതുക് ഉറങ്ങിയാൽ അത് കൊതുതായിട്ട് തന്നെ വരുന്നു വ്യാഘ്രമുറങ്ങിയാൽ വ്യാഘ്രമായിട്ട് തന്നെ വരുന്നു മനുഷ്യൻ ഉറങ്ങിയാൽ മനുഷ്യനായി അതിന്റെ ആ രൂപത്തെ പരിത്തിരിക്കാതെ അവിവേകം കൊണ്ട് മൂടുന്നു എന്നേ അതെല്ലാം ഉറങ്ങി ഞാൻ തന്നെ ഉണരുന്നു ഒരു നിമിഷം ഉറങ്ങിയിട്ട് ഉണർന്നു പോകുമ്പോൾ ചുറ്റുപാടും എല്ലാം അതുപോലെ തന്നെയാണ് ഇതെങ്ങും പോയ വന്നുമില്ല ഇതിന് അവിവേകം മൂടിയതേയുള്ളൂ അങ്ങനെ വരുന്നത് കൊണ്ട് സപ്രപഞ്ചം സപ്രപഞ്ചകം ഏകീഭൂതം എത്തിച്ചത് ഏകീഭൂതമായി എന്ന് പറയും അവിവേകത്തിലതെല്ലാം ഒന്നായതുപോലെയായി ഇരുട്ടിൽ ഇരുട്ട് മാത്രം മറ്റൊന്നുമില്ല എന്ന് പറയുന്നു എൻ്റെ അടുത്ത കൂടെ ഒന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് അല്ലാതെ സാധാരണ കുറയും നമ്മൾ ഉറങ്ങി ഇതെല്ലാം പോയി ലയിച്ച് സ്ഥൂലമായ ശരീരം ലയിച്ച് ലയിച്ചെന്ന് വെച്ചാൽ പഞ്ചസാര എടുത്ത് ചായലിടുമ്പം പഞ്ചസാര ലയിക്കും അതുപോലെ ഇതെല്ലാം അങ്ങ് ലയിച്ച് പിന്നെ വീണ്ടും അതുപോലെ പെരല് പോലെയായി വീണ്ടും വന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വേദാന്തം പഠിക്കുന്നത് ഇതെല്ലാം പോയി ലയിച്ചു കഴിഞ്ഞെങ്കിൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഈ മാംസവും രക്തവും മസ്യുമെല്ലാം ലയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റും ചായൽ പഞ്ചസാര ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാര തിരിച്ചു കിട്ടും അങ്ങനെയുള്ള ലയൊന്നും കൂടെ സംഭവിക്കുന്നില്ല മറ്റൊരബദ്ധമാണ് അങ്ങനെ പറയുന്നതിന് എന്താ ഒരു യുക്തിയോളം ഒരു നിമിഷം കൊണ്ട് ലയിക്കുന്നു പറഞ്ഞാൽ നമുക്കറിയാം എന്താ സംഭവിക്കുന്നതാണ് അല്ലേ അതിന്റെ ആ സ്ഥൂലമായ ഭാവത്തെ വിട്ട് അത് ഏറ്റവും വലിയ ഭാവത്തിലേക്ക് പോയി പ്രത്യക്ഷമല്ലാതായിത്തീരും വസ്തുതന്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാവത്തിൽ നിൽക്കും പഞ്ചസാര അന്റെ അംശത്തിൽ നിൽക്കുന്നു നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുന്നു അതവിടെയുണ്ട് നിൽക്കുന്നു അതുപോലെ ഇതങ്ങോട്ട് ലയിച്ചെങ്കിൽ ഈ അസ്തിയും മാംസവും രക്തമെല്ലാം ചിന്ന ഭിന്നമായി ലയിച്ചു പിന്നെ വളരാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സങ്കല്പമാണ് ലയിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് വരണം ലയിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ധരിക്കുന്ന അർത്ഥത്തിൽ അല്ല ഇതിനെല്ലാം കൂടെ അടിച്ചു കലക്കി വെള്ളമാക്കി ലയിപ്പിക്കുകയാണ് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഇവിടെ പറയുന്ന എന്താണ് തഥാരൂപ അഭിത്യാഗീന അവിവേകാപരണം അത് വ്യക്തമായി മനസ്സിലാക്കും ഈ രൂപത്തെ പരിത്തിരിക്കാതെ തന്നെ ഒരു ക്ഷണം നമ്മുടെ ആ യഥാർത്ഥ സ്ഥാനത്തിലേക്ക് പോയി ആ ക്ഷണം കൊണ്ട് ഇതെല്ലാം ഈ പറയുന്ന തരത്തിൽ ലയിക്കുന്നു അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല മറിച്ച് എന്ത് ചെയ്യുന്നു നൈശ ലയംെന്നുള്ള ശബ്ദം ഒരുപാട് സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അത് ആധ്യാത്മികമായ ലയമാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ തുപ്പരിചുള്ള ഭൗതികമായ ലയത്തല്ലേ അവിടെ പറയുന്നു ആ ലയം എന്താണ് ഇങ്ങനെയാണ് സപ്രപഞ്ചം ഏകീഭൂതം അപ്പൊ പ്രപഞ്ചത്തോട് കൂടിയാണവിടെ ഏകീഭൂതം എന്ന് പറയുന്നത് അങ്ങനെ അല്ലാതെ നമ്മൾ വേദാന്തം മനസ്സിലാക്കിയത് വലിയൊരു വിദ്ധിത്തമാണ് ഉറങ്ങുമ്പോ ഏതൊക്കെ ഉണരുമ്പ വീണ്ടും അതൊക്കെ അവിടുന്ന് വരുന്നു കൊച്ചു കുട്ടികൾ പോലും ഇത് കേട്ടുകഴിഞ്ഞാൽ ചിരിക്കും നമ്മൾ ചിരിക്കത്തില്ല സ്വാമിമാരായി പോയി ചിരിക്കാൻ പറ്റുമോ ഇതൊക്കെ തലയിൽ ചുമക്കേണ്ട ബാധ്യത വന്നു പോയിരുന്നു നേരത്തെയൊക്കെ ഇറങ്ങിരുന്നെങ്കിൽ ഇതിലിറങ്ങത്തുമില്ലായിരുന്നു ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാ ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത് ലയവും പരിപാടിയും ഇതും ചോന്നുകൊണ്ട് നടക്കും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല സപ്രപഞ്ചമെന്ന് പറഞ്ഞാൽ എന്താണ് പ്രപഞ്ചത്തോടുകൂടി एगी इति ഏകീഭൂതം എന്നാണ് അതേവ സ്വപ്ന ജാഗ്ര മനഃസ്പന്ദനാനി പ്രജ്ഞാനി ഖനീഭൂതാനി അവസ്ഥ അവിവേകരൂപത്വ പ്രജ്ഞാനധന ഉച്ച അത് കൂടുതൽ വ്യക്തമാക്കും ഇത്രയും വ്യക്തമായി ഒക്കെ എഴുതി വച്ചിട്ടും ഇതിനാൾക്കാർ നേരെ ധരിക്കുന്നുണ്ട് സ്വപ്ന ജാഗ്രത് മനസ്സ്പന്ദനാനി സ്വപ്ന ജാഗ്രത് മനസ്സ്പന്ദനങ്ങൾ എന്നുവെച്ചാൽ പ്രപഞ്ചം അത് നേരത്തെ പറഞ്ഞല്ലോ ഇത് മനസ്സ്പന്ദനമാണ് ഈ പ്രപഞ്ചം മായാസ്തന്ദനമാണ് ഈ പ്രപഞ്ചം അത് പ്രജ്ഞാനം തന്നെയാണ് കാരണം അദ്വൈതമാണ് പറയുന്നത് പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല പ്രജ്ഞാനം തന്നെയാണ് കാരണമായും സൂക്ഷ്മമായും സ്ഥൂലമായും എല്ലാം നിൽക്കുന്നത് പക്ഷേ പ്രജ്ഞാനം എന്ന് തുടങ്ങിയ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന പ്രജ്ഞാനമൊന്നുമല്ലാതെ നമ്മുടെ മനസ്സിൽ നമുക്ക് പലതും തോന്നും നമ്മുടെ മനസ്സിൽ തോന്നുന്നൊന്നും അല്ലാതെയാണ് അതതിന്റെ വാസ്തവത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ മനസ്സ് മനനം എന്ന് പറയുന്നത് ആ പ്രജ്ഞാനം ആ പ്രജ്ഞാനത്തിൽ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് പ്രജ്ഞാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന എന്താണ് നമ്മുടെ ഈ തുച്ഛമായ സങ്കല്പങ്ങൾ വികാര വികാരങ്ങൾ ഇതിനേക്കിട നമ്മൾ പ്രജ്ഞാനം എന്ന് വരുന്നത് ഇതാണ് ബ്രഹ്മം ഇതാണ് പ്രപഞ്ചം എന്നൊക്കെ നമ്മൾ ധരിച്ചു പോകുന്നത് നമ്മുടെ തകരാറാണ് അതാണ് അജ്ഞാന സംശയവിപര്യങ്ങൾ കൂടാതെ ഇത് ധരിക്കണമെന്ന് പറയുന്നു ഭാഷകാരൻ പറയുമ്പോൾ ശ്രുതി പറയുമ്പോ അതിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത് കേൾക്കുന്നവന് ഒന്നും ധരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പ്രജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് ആ പരമാർത്ഥ വസ്തുവിനെയാണ് ജഗത് കാരണമായിരിക്കുന്ന വസ്തുവിനെയാണ് അത് എന്തു പറയുന്നു ഖനീഭൂതാനീവ ഖനീഭൂതമായതുപോലെ എന്നാണ് ഏകീഭവിച്ചതുപോലെ അവിടെ യുവാന്നുള്ള പ്രത്യേകം നോക്കാം രാത്രിയിൽ എന്താണോ എല്ലാം ഒന്നായതുപോലെ ഇരുട്ടായത് പോലെ ഇങ്ങെന്തു കാണുന്നു ഇരുട്ട് മാത്രം അവിടെ ഒന്നല്ലേ കാണുന്നുള്ളൂ നമ്മുടെ സർവ്വ കാഴ്ചകളോടെ ഖനീഭൂതമായി നമ്മൾ വരാറുണ്ടല്ലോ കനത്ത ഇരുട്ട് അത് തന്നെ ഇവിടെ പറയുന്നു ഖനീഭൂതം ഇരുട്ടായിട്ടെ വസ്തുക്കൾ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇത് വീടാണ് ഇത് മരമാണ് എന്നിങ്ങനെ വേർതിരിക്കാൻ പറ്റുന്നത് ഈ പ്രജ്ഞാനങ്ങളെല്ലാം ഇതെല്ലാം പ്രജ്ഞാനമാണ് ഇതെല്ലാം ഖനീഭൂതമായി വരുന്ന ഇതാണ് സ്വപ്ന ജാഗ്രത മനഃസ്പന്ദനും പ്രജ്ഞാനും ഖനീഭൂതാനും ഇവ വരുന്നു ഖനീഭൂതം പോലെ വരുന്നു െല്ലാം കൂടി ചേർന്ന് ഒന്നാകുന്നില്ല ഇരുട്ടത്ത് മരവും വീടും എല്ലാം കൂടെ ഒന്നാകുന്നില്ല പക്ഷെ നമ്മുടെ അനുഭവത്തിനങ്ങനെ എല്ലാം കൂടി ഒരു കട്ടി പിടിച്ച ഇരുട്ടായിട്ട് സെയിം അവസ്ഥ ഈയൊരവസ്ഥയാണ് സുഷ്ടിയിൽ സംഭവിക്കുന്നത് അവിവേകം സർവത്തെയും പൊതിഞ്ഞിരിക്കുന്നു അന്ധത എന്ന് വേണമെങ്കിൽ പറയാം അത് വെളിച്ചത്തെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു അവിവേകരൂപത്വ രാത്രി നമ്മളതിനെ ഇരുട്ടെന്ന് പറയുന്നു രാത്രി എന്ന് വെച്ചാൽ വെളിച്ചമില്ലാത്ത രാത്രി അങ്ങനെ ഇരുട്ടെന്ന് പറയുന്നത് പോലെ ഉറക്കത്തെ നമുക്ക് എന്തുപറയാം അവിവേകമെന്ന് പറയാം അത് അവിവേകരൂപമാണ് വിവേകമില്ലാത്ത അവസ്ഥ ഒന്നിനെ അറിയാൻ കഴിയാത്ത അവസ്ഥ അതുകൊണ്ട് പ്രജ്ഞാനഘന ഉച്ചതേ പ്രജ്ഞാനഘനം എന്ന് പറയുന്നു എല്ലാം ഒന്നായതുപോലെ അനുഭവപ്പെടുന്നത് കൊണ്ട് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം കൂടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അവിടെ ഒന്നാവുകയല്ല ചെയ്യുന്നു പക്ഷെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സർവത്തിനെയും മറയ്ക്കുന്ന ഒന്ന് വന്നിട്ട് അത് മാത്രമായി നിൽക്കുന്നു ആ ഇരുട്ട് മാത്രം നിൽക്കുന്നു അതുകൊണ്ട് പ്രജ്ഞാന ഖനൻ എന്ന് പറയുന്നു എന്ന് വളരെ വ്യക്തമായി ഇവിടെ ഇതെല്ലാം നശിക്കുന്നതായിട്ടോ ഇതെല്ലാം ലയിക്കുന്നതായിട്ടോ ഒന്നും അവിടെ പറയുന്നു ഇതിനെയെല്ലാം അവർ അവിവേകം ആവരണം ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇതും വ്യക്തമായി ധരിക്കേണ്ടതാണ് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതാണ് അങ്ങനെ സൃഷ്ടിയെക്കുറിച്ച് സൃഷ്ടിയെ സംബന്ധിച്ചുള്ള നമ്മുടെ ഇവിടെ പറയുന്നു നോക്കുക നമ്മുടെ വാസ്തവത്തിലുള്ള അനുഭവത്തെ മുൻനിർത്തിയേ ഇവിടെ പറയുന്നുള്ളൂ വേറെന്നും പറയുന്നു ശ്രുദ്ധയിൽ ഇത്രേ സംഭവിക്കുന്നുള്ളൂ ഒരറിവില്ലായ്മ സർവത്തെയും മൂടുന്നു മറ്റൊന്നും സംഭവിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നു അത് മൂടി ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ പറയുന്നുകൊണ്ടാണ് അവിടെ അതിനെക്കുറിച്ച് സ്മരിക്കുമ്പോൾ പറയുന്നു അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന അതുകൊണ്ടാണ് അറിവില്ലായ്മ സർവത്തെയും മൂടിയതുകൊണ്ട് ഞാനും മറ്റൊന്നും ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ അറിവ് വേണം അതില്ല അത്രമാത്രമേ സുഴുതി സംഭവിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് പ്രജ്ഞാനൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര സുപ്തോ നമം കാമയത്തെ കഞ്ചന സ്വപ്നം പശ്യതി തത്സുഷുപ്തം സുഷുപ്തസ്ഥാനീഭൂത പ്രജ്ഞാനഘന എനന്ദമയോനന്ദഭുക് ചേമുഖപ്രതൃതീയപ